ത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ് ചോദ്യത്തിന് ഉത്തരം നമുക്കറിയാം കുറെ പണമുണ്ടാവണം സുഖമുണ്ടാവണം സമൃദ്ധി ഉണ്ടാവണം സൗകര്യങ്ങൾ ഉണ്ടാവണം സ്നേഹമുണ്ടാവണം ഇതെല്ലാം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു പക്ഷെ ആത്മാർത്ഥമായിട്ട് നാം ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇതൊക്കെ നാം അനുഭവിക്കുന്നുണ്ടോ സ്നേഹം സുഖം സംതൃപ്തി സമാധാനം ശാന്തി ഇത് എങ്ങനെ അനുഭവിക്കാൻ സാധിക്കും അവിടെ ആ ഒരു ചോദ്യത്തിന് ഉത്തരം തരെയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഭാഗങ്ങളൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ആദ്യം തന്നെ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് പറഞ്ഞു വരുന്ന ഒരു ഭാഖ്യാനം സമന്ത പഞ്ചക തീർത്ഥോപാഖ്യാനം എന്ന് പറയും അതായത് ഭഗവാൻ ദ്വാരകയിൽ വസിക്കുന്ന ഒരു കാലം ഭാരതത്തിലെങ്ങും സമ്പൂർണ്ണ സൂര്യഗ്രഹണം വന്നപ്പോ ഭഗവാൻ യതുക്കളോടും അന്ന് പ്രസിദ്ധമായ കുലത്തിലുള്ളവരോടൊക്കെ എല്ലാവരോടും സമന്തപഞ്ച തീർത്ഥത്തിലേക്ക് വരാൻ പറഞ്ഞു എന്താ ഈ തീർത്ഥത്തിന് ഇത്തരം മഹത്വം ഇരുപത്തൊന്ന് വട്ടം ക്ഷത്രിയന്മാരെ വധിച്ച പരശുരാമസ്വാമി അതിനുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങളൊക്കെ ചെയ്തത് ഈ തീർത്ഥത്തിൽ വെച്ചിട്ടാണല്ലേ അതുകൊണ്ട് എല്ലാവരോടും അങ്ങോട്ട് വരാൻ പറഞ്ഞു ആ കാലഘട്ടത്തിൽ പ്രസിദ്ധമായ കുലത്തിലുൾപ്പെട്ട മത്സ്യ മത്സ്യോശീരന ഉശീനര കൗസല്യ വിദർഭ കുരുസും ചെയ്യാൻ കാമ്പോജ് കൈകയാൻ തുടങ്ങി ആ കുലങ്ങളൊക്കെ വന്നവരൊക്കെ പറയുന്നത് അതായത് അന്ന് അവിടെ എത്തിയവരിൽ പാണ്ഡവന്മാരുണ്ട് അതുപോലെ തന്നെ ഭീഷമാചാര്യൻ തുടങ്ങിയിട്ടുള്ള ആചാര്യന്മാരുണ്ട് കൗരവന്മാരുണ്ട് തുടങ്ങിയിട്ടുള്ള പ്രസിദ്ധന്മാരായിട്ടുള്ള പലരും അവിടേക്ക് എത്തിച്ചേർന്നു യശോദാദേവിയും നന്ദഗോപരും ഗോപികമാരും അങ്ങനെ ഭഗവാൻ ഏറെക്കുറെ തൊണ്ണൂറ് വയസ്സായിട്ടുണ്ടാവും ഭഗവാൻ ഈ കാലഘട്ടം എന്നാണ് പതിനാലാമത്തെ വയസ്സിൽ വൃന്ദാവനത്തിൽ നിന്ന് വിട്ടതിനു ശേഷം ഇവിടെ വെച്ചിട്ടാണ് ഭഗവാൻ വീണ്ടും യശോദാദേവിയെയും നന്ദഗോപുരെയും അതുപോലെ ഗോപികമാരെയും കാണുന്നത് അവിടെ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വ്യാസ് ഭഗവാൻ റിപ്പോർട്ട് ചെയ്യാണ് എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന് അവിടെ വച്ച് യശോദാദേവിയും ദേവകീ ദേവിയും പരസ്പരം കണ്ടപ്പോ വികാരങ്ങളാൽ രണ്ടു കൂട്ടിനും പ്രക്ഷുബ്ധരായി ദേവകീ ദേവി യശോദാദേവി ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു കൃഷ്ണനെ പുത്രനായി കിട്ടാൻ എത്രയോ കാലം ഞാൻ കഠിനമായി തപസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ദേവിക്ക് കൃഷ്ണൻ പുത്രനാവാൻ വലിയ തപസ്സൊന്നും വേണ്ടി വന്നില്ല വലിയ തപസ്സില്ലാതെ പുത്രനായി കിട്ടി ദേവിക്ക് എന്ന് മാത്രമല്ല ഒരു മകന്റെ സ്നേഹം മുഴുവൻ ഒരമ്മ അനുഭവിക്കുന്നത് പത്തിനാല് പതിനാല് വയസ്സ് വരേക്കുള്ളൊരു കാലമാണ് അത് കഴിഞ്ഞാൽ പിന്നെ തെക്ക് വന്നാമോ വടക്കോട്ട് പോവും പിന്നെ പറഞ്ഞ അനുസരിക്കില്ല പിന്നെ പണ്ടത്തെ അത്രയൊന്നും സ്നേഹമൊന്നും അവൻ അത്ര കണ്ട് ഗാഠമായിട്ടുണ്ടാവില്ല കാര്യം അമ്മ പറഞ്ഞവൻ ഫീൽ ചെയ്യെങ്കിലും അവൻ അവൻ്റേതായൊരു ജീവിതത്തെക്കുറിച്ച് അവന്റെ അഹങ്കാരം വളർന്നു വരുന്ന കാലമാണത് അവന്റെ സുഖകാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാലമാണ് എന്നാൽ ചെറിയൊരു ഉണ്ണിക്ക് അമ്മയാണല്ലോ ആ സ്നേഹം മുഴുവൻ വാത്സല്യം മുഴുവൻ പ്രേമം മുഴുവൻ അനുഭവിക്കാൻ അവിടുത്തേക്കല്ലേ ഭാഗ്യം കിട്ടിയത് ഞാൻ അമ്മയായി തീർന്നപ്പോഴേക്കും അപ്പോഴേക്കും ഗുരുകുല വിദ്യാഭ്യാസത്തിന് കൃഷ്ണൻ പോയി കാലം മുന്നോട്ട് പോയില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ യശോദാദേവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു കാര്യമൊക്കെ ശരി തന്നെയാണ് ഹൃദയത്തിൽ മകനായി പ്രതിഷ്ഠിച്ച ഒരാളെ പെട്ടെന്നെടുത്ത് മാറ്റേണ്ട ഒരു വേദന അതെത്രയാണെന്ന് ദേവിക്കറിയൂ എന്ന് ഏതായാലും ഒരു ഭാഗ്യം എനിക്ക് നിങ്ങൾ തന്നുവല്ലോ ഈ ജഗത്തിന്റെ മുഴുവൻ ഈശ്വരനായ കൃഷ്ണനെ പുത്രഭാവത്തിൽ കൊണ്ടു എനിക്ക് സാധിച്ചില്ലേ അതെന്റെ ഒരു ഭാഗ്യം അവിടെ വെച്ച് നന്ദഗോപരും വസുദേവരും പരസ്പരം കാണും വസുദേവർ നന്ദഗോപുരോട് പറയും വാസ്തവത്തിൽ കൃഷ്ണൻ പുത്രനാണെന്ന പരമസത്യം മറച്ചുവെച്ചത് കംസനോടുള്ള ഭയം കൊണ്ട് മാത്രമാണ് ആ ഒരു പരമാർത്ഥം മറക്കേണ്ടി വന്നു അങ്ങേ വേദനിപ്പിച്ചിട്ടുണ്ട് ഈ കാര്യം എനിക്കറിയാം എങ്കിലും എല്ലാം ഈശ്വരാനുഗ്രഹം എന്ന് വിചാരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുന്തി ദേവി വസുദേവരെ കണ്ടിട്ട് പറഞ്ഞു വസുദേവ അവിടുന്ന് എത്രയോ തപസ് ചെയ്തിട്ട് കൃഷ്ണനെ പുത്രനായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കാം എന്റെ ദുഃഖങ്ങളൊന്നും അങ് അറിയാറുമില്ല അങ്ങ് ചോദിക്കാറില്ല പക്ഷേ ആ കൃഷ്ണനുണ്ടല്ലോ എന്റെ എല്ലാ സുഖദുഃഖങ്ങളിലും എന്നെ എപ്പോഴും എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരുന്നുണ്ട് എന്റെ കുട്ടികൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും എത്രയാണ് ആ കൃഷ്ണൻ അവരുടെ കൂടെ അതിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഭാഗ്യം ചെയ്തവളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് അവരിതാ അങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ദേവകീ ദേവി യശോദാദേവിക്ക് ഭഗവാൻ കൃഷ്ണന്റെ പത്നിമാരെ പരിചയപ്പെടുത്തി കൊടുത്തു ഒന്നും രണ്ടും അല്ല എല്ലാവരോടും ക്യൂ നിൽക്കാൻ പറഞ്ഞു ഇവിടെ ഇപ്പോൾ വൈകുന്നേരം പ്രസാദം വേടിക്കാൻ ക്യൂ നിൽക്കാൻ പറയും പറയുമ്പോൾ അപ്പോൾ അതിലൊത്തിരി സമയം വേണ്ടു ഭഗവാന്റെ പത്നിമാരെ ക്യൂ നിന്നാൽ എത്ര സമയമെടുക്കും ഓരോരുത്തരെ അനുഗ്രഹിച്ചിട്ട് യശോദാദേവി പറയും ആ കണ്ണന്റെ ഭാര്യയായി തീരാമെന്ന് പറഞ്ഞ ഭാഗ്യം തന്നെയാണ് നിങ്ങളൊക്കെ അനുഗ്രഹം നല്ലോണം അനുഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഭഗവാൻ യശോദാദേവിയുടെ അടുത്ത് ചെല്ലാണ് ആ അമ്മ സ്നേഹത്താൽ പ്രേമത്താൽ നിറഞ്ഞ മനസ്സുമായി കൃഷ്ണനെ ആലിംഗനം ചെയ്ത് മടിയിലിരുത്തി അന്ന് ഭഗവാനെ വയസ്സാണ് ആ സ്നേഹബന്ധ അത്ര നോക്കൂ ആ തീവ്രമായ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ എത്തിച്ചേർന്ന ഗോപികമാരെയൊക്കെ കൂട്ടി ഒരു വിവിഗ്ധ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവർക്ക് ചില ഉപദേശങ്ങൾ കൊടുക്കും ഭഗവാൻ ഗോപികമാർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം അതായത് ഭഗവാന്റെ ജീവിതത്തിലെ അവസാന ഉപദേശങ്ങളാണതൊക്കെ ആ ഭാഗം ഭാഗവതത്തിൽ എൺപത്തിമൂന്നാം അധ്യായത്തിൽ നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് തുടങ്ങിയിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ വളരെ രസകരമായിട്ട് വിസ്തരിക്കുന്നു ഭാഗവതത്തിലൂടെ ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ശരിക്കും ഉൾക്കൊണ്ട് വായിക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് കഥയ്ക്കപ്പുറം കാര്യമുണ്ട് ഭാഗവതത്തിൽ എന്ന് മനസ്സിലാവും ഗോപികളോട് പറയാണ് ഞാൻ വൃന്ദാവനത്തിൽ വരാമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിലും എനിക്ക് എന്റെ വാക്കുകളൊന്നും സത്യമാക്കി തീർക്കാൻ സാധിച്ചില്ല കാലത്തിന്റെ നിശ്ചയം ഗോപികമാരെ ആർക്കും തട്ടി മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾക്കെന്നോട് അസൂയുണ്ട് വേദനയുണ്ട് ദുഃഖമുണ്ട് വിഷമമുണ്ട് എന്നാണ് പക്ഷെ ഗോപികളെ എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം ഏതുപോലെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായുറു യഥാഗണം തുണം തൂലം സംയോജ്യാതേ ഭൂയം തഥാഭൂതൂതകൾ വായു യഥാകനാനീകം എപ്രകാരമാണോ വായു ശക്തിയായിട്ട് ആകാശത്തിലിരിക്കുന്ന കാർമ്മികങ്ങളെ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ പുല്ല് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ അതുപോലെ തൂലം പഞ്ഞി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെയൊക്കെ കൊണ്ടുപോകുന്നത് എന്നിട്ട് ഒരു ഭാഗത്ത് കൂട്ടി വീണ്ടും വേർതിരിക്കുന്നത് കാലമാകുന്ന വായുവിൻ്റെ പ്രവാഹത്തിലാണ് ഞാനും നിങ്ങളും തഥാഭൂതാനി ഭൂതക്കത്ത് ജീവിതത്തിൽ രണ്ട് പരമാർത്ഥം ഉൾക്കൊണ്ട് ജീവിക്കാൻ സാധിച്ചാൽ ജീവിതം ദുഃഖമുണ്ടാവില്ല ഒന്ന് കാലം എന്ത് നിശ്ചയിക്കുന്നു അതിനെ സ്വീകരിക്കുക നല്ലതായിരിക്കാം ചീത്തതായിരിക്കാം നല്ലതും ചീത്തതും ആവുന്നത് നമ്മുടെ അഹങ്കാരത്തിൻ്റെ നിശ്ചയമാണ് എനിക്ക് നല്ലത് സംഭവിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരെയും സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കാം ഒരാൾക്ക് അച്ഛനും അമ്മയും കൂടെയിരിക്കുന്നത് നല്ലതായിരിക്കാം ഒരാൾക്ക് അവർ വേഗം പോകുന്നത് നല്ലതായിരിക്കാം അടുത്തിരിക്കുന്നതായിരിക്കാം അവർക്ക് ദുഃഖം ഒരാൾക്ക് ഭാര്യ കൂടെ ജീവിക്കുന്നത് നല്ലതായിരിക്കാം ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും ഭാര്യയൊന്ന് കൊണ്ടുപോയി കൂടെ ഭഗവാനെ എന്ന് ഒരാൾക്ക് മക്കൾ കൂടെയിരിക്കുന്നത് ഭാഗ്യയിരിക്കാം ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം മക്കളെ വേഗം കൊണ്ടുപോകും ഭഗവാനെ ഇങ്ങനെയൊക്കെ ഓരോരുത്തരുടെയും സുഖ ഓരോരുത്തരിൽ നിന്നും വ്യത്യസ്തമാണ് ശരിയല്ല ഈ ലോകത്തിൽ നിങ്ങൾ നോക്കൂ എല്ലാവരുടെയും ഒരുപോലെയാണോ അതാണ് കാലത്തിൻ്റെ നിശ്ചയം അത് ഓരോരുത്തരും എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ഏത് വ്യക്തിയായാലും ശരി ജീവിയായാലും ശരി കാലം നിശ്ചയിച്ചിരിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു എല്ലാവരും ബാധ്യസ്ഥരാണ് ഇപ്പൊ വേനൽ നമുക്ക് മാത്രമാണ് വേനലുള്ളത് ഇവിടെയുള്ള സകല ജീവജാലങ്ങൾക്കും വേനലുണ്ട് അല്ലേ നമ്മളതിൽ പരിഭവിച്ചിട്ടുണ്ട് കാര്യം വരാനുള്ളത് വരാതിരിക്കോ വരാതിരിക്കില്ല നമ്മൾ തന്നെ പറയാറുണ്ട് വരാനുള്ളതൊന്നും വഴി തങ്ങലാണ് വന്നേ പറ്റുള്ളൂ അതിനെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ എങ്കിൽ വലിയൊരു വേദനകളൊക്കെ നമുക്ക് ഇല്ലാതേക്കാൻ പറ്റും പക്ഷെ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം നല്ലവണ്ണം ആത്മശക്തി വേണം കരുത്തില്ലാത്തതുകൊണ്ടാണ് ഉത്ഫലം ഇല്ലാത്തതുകൊണ്ടാണ് പലതും നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം അതിനെന്ത് വേണം ഭൂദാനം അമൃതത്വായ കൽപ്പതേ ദൃഷ്ട്യായ ദാസിംഹസ്നേഹ ഭവതീനം ദൃഷ്ടിയ യഥാസിംഹ സ്നേഹോ എന്നിലുള്ള ദൃഢമായ സ്നേഹം ഭക്തി മാത്രമാണ് അതിനുള്ളൊരു പോം വഴി ദൃഢമായ ഭഗവത് ഭക്തിയുണ്ടോ ഏതും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും എങ്ങനെ ഭഗവത് പ്രസാദമായിട്ട് ഭഗവത് ലീലയായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും അങ്ങനെ മനസ്സിനെ പരിശീലിപ്പിക്കൂ പറയാണ് സംഭവിക്കുമ്പോഴും മനസ്സിൽ പറയുക ഗുരുവായൂരപ്പ അവിടുത്തെ ലീലയല്ലേ അവിടുത്തെ പ്രസാദമല്ലേ ചീത്തത് സംഭവിക്കുമ്പോഴും മനസ്സിൽ പറയുന്നേ ഭഗവാനെ അവിടുത്തെ ലീലയില്ലേ ഞാൻ സ്വീകരിച്ചിരിക്കണോ അങ്ങനെയാണെങ്കിൽ മനസ്സിന്റെ ബാലൻസ് തെറ്റില്ല എത്രയാണ് നമുക്കെപ്പോഴും മനസ്സിൽ ശാന്തിയും സമാധാനവും കൊണ്ടുതടക്കാൻ സാധിക്കും ജീവിതത്തിൻ്റെ ഒരു പരമാർത്ഥം ആരൊക്കെ കൂടെ ഉണ്ടായാലും ആർക്കും മനസ്സിന് ശാന്തിയും സമാധാനവും തരാൻ സാധ്യല്ല അത് അവനവന് മാത്രമേ സ്വയം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അത് അവനവൻ തന്നെ ഉണ്ടാക്കണം വേറെ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല അപ്പൊ പതിനെന്റ് വേണം ഭക്തി പ്രേമം അതുതന്നെ മനസ്സിൽ ഭഗവത് പ്രസാദം ആയിട്ട് കാണാനുള്ള വിവേകം ഉണ്ടാവുക പലപ്പോഴും നമ്മള് ജീവിതത്തിൽ നല്ലത് സംഭവിക്കുമ്പോൾ ദുഃഖിക്കും അപ്പോഴും മനസ്സ് പറയും അയ്യോ എത്ര കാലം ഉണ്ടാവും എത്ര ദിവസം ഉണ്ടാവും ഇതിപ്പം ഇപ്പൊ നാളെ ഉച്ചയോടുകൂടി സപ്താഹം കഴിഞ്ഞാൽ ഇനിയിപ്പം എന്തൊക്കെയാണോ വീട്ടിൽ ചെന്നാൽ ആ ദുഃഖം നല്ലത് സംഭവിക്കുമ്പം തന്നെ ദുഃഖ മനസ്സിൽ ചീത്തത് സംഭവിക്കുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും ദുഃഖം തന്നെ അതിലും ദുഃഖം അങ്ങനെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മനസ്സിനെ അസ്വസ്ഥരാക്കണോ ആ ഇന്ന് നല്ലത് കഴിഞ്ഞു നാളെ വേറെ ഒന്ന് മറ്റന്നാൾ വേറെ ഒന്ന് അനുഭവം എന്ന് മനസ്സിനോട് പറഞ്ഞ് പരിശീലിപ്പിക്കുക നിങ്ങളും ജനിച്ച അവസ്ഥയിൽ തന്നെയായിരുന്നു ഇരുന്നതെങ്കിൽ എത്ര ബുദ്ധിമുട്ടാവായിരുന്നു ഒരിക്കലും വളർച്ചയില്ല പ്രായവും ഇല്ല എന്നൊരുപോലെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇല്ലേ ശരിയല്ലേ അപ്പൊ നമ്മൾ തന്നെ മനസ്സിലാക്കണം നമുക്ക് പ്രായം വരണം വളർച്ച വരണം ഇതൊക്കെ നമുക്ക് മോഹുണ്ട് പക്ഷെ നമുക്ക് വൃദ്ധന്മാരാവാൻ വയ്യ അപ്പൊ എന്നും ഒരുപോലെ ഇരിക്കാനും വയ്യ വൃദ്ധന്മാരാവാനും വയ്യ അതെങ്ങനെയാ സംഭവിക്കുക എന്നാൽ ശരി നമ്മളോട് പറയാം നിങ്ങൾക്ക് എന്നും അഞ്ചു ഒരിക്കലും വളർച്ച വരാതിരിക്കട്ടെ നമുക്ക് ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റും എന്നും അഞ്ചു വയസ്സ് ട്രാൻസ്ഫർ നടക്കാൻ പറ്റില്ല പ്രായം വരണം വളർച്ച വരണം അതേ കാര്യം തന്നെ ജീവിതത്തിലുടനീളം സംഭവിക്കുന്നു അങ്ങോട്ട് സ്വീകരിക്കണം ഇതാ ഒരിക്കലും ഒരു ഗ്രാമത്തിലാണ് കുട്ടികളിങ്ങനെ പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പന്ത് കളിക്കുന്നതിന്റെ ഇടയിൽ പന്ത് കിണറ്റിൽ പോയി ഒരു കുട്ടി ആവേശത്തിന് കിണറ്റിലേക്ക് ചാടി പിന്നെയാ തിരിച്ചറിഞ്ഞ കയറി പടവുകളൊന്നുമില്ലാത്ത കിണറ നല്ല വെള്ളമുള്ള കിണർ കുട്ടി വെള്ളം കുടിച്ച് മേലോട്ടും താഴോട്ടും പൊങ്ങുകയാണ് വീട്ടുകാരെ ഓടി വന്ന് നെഞ്ചത്തടിക്കാൻ തുടങ്ങി കുട്ടികളൊക്കെ ഒരാൾക്കും ചാടാനും പറ്റില്ല എല്ലാവരും മാർപ്പും വിളിയും ബഹളമായിട്ടിരിക്കുമ്പോഴാണ് എങ്ങനെയോ പഞ്ചായത്ത് മെമ്പർ അവിടെ വന്ന് വരുന്നത് അയാള അയാളവിടെ വന്നതും അയാൾ കിണറ്റിലേക്ക് ചാടുന്നതും ഒപ്പായി അപ്പോഴേക്കും ആ നാട്ടുകാർക്കൊക്കെ ആവേശമായി വീണ്ടും കയറിട്ട് കൊടുക്കണോ അതിട്ട് കൊടുക്കണോ ഇതിട്ട് കൊടുക്കണോ എല്ലാവരും പിടിച്ചു കയറ്റി കുട്ടിയും കൊണ്ട് ഇയാൾ കയറി ഇയാളിങ്ങനെ കിടന്നിങ്ങനെ ഒരു കാരണവർ അവിടെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഒരാൾ പോയി മാലയൊക്കെ പഞ്ചായത്ത് മെമ്പർ കിണറ്റിൽ ചാടി കുട്ടിയെടുത്തതല്ലേ മാല സംഘടിപ്പിച്ചു അത് സംഘടിപ്പിച്ചു ഒരു കാരണവർ ചോദിച്ചു അല്ല അങ്ങക്ക് ഈ കിണറ്റിലേക്ക് ചാടാൻ എവിടുന്നാണ് ഇത്രയും ഒരു ആവേശമൊക്കെ കിട്ടിയതെന്ന് ഉടനെ ഇദ്ദേഹം പറയും ആവേശമൊക്കെ അവിടെ നിൽക്കട്ടെ ആരായി ഉന്തി തള്ളിയിട്ടെന്ന് ആദ്യം പറയൂന്ന് വായും പറഞ്ഞിരുന്നു തള്ളുകൊടുത്താണ് ഏതായാലും ചാടി കുട്ടിയെടുത്ത് ഇനി അതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം അവർ ബൊക്കെ വാളി എന്താ തരുന്ന കഴുത്തിൽ ഏതായാലും ഞാൻ ആ ചാടി കുട്ടി എടുക്കാൻ വേണ്ടിയിട്ട് എന്റെ ധീരത കൊണ്ട് ചാടീന്ന് പറയാൻ പറ്റും ഏതായാലും നമ്മളൊക്കെ അവിടെ വന്നു വീണു ഈ ലോകത്തിൽ ഇനി പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യം പ്രാരബ്ധമാണ് യോഗമാണ് വിധിയാണ് നിശ്ചയമാണ് ഇതൊന്നും പറയുന്നതിന് അർത്ഥമില്ല ഇവിടെ വന്നു ഇനി നമ്മള് സന്തോഷമായിട്ട് പറയാം ഭഗവാനെ എന്ത് തന്നു സ്വീകരിച്ചിരിക്കുന്നു എങ്ങനെയാണ് അങ്ങയുടെ നിശ്ചയച്ചാൽ നിശ്ചയെന്ന് വെച്ചാൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ഒരു കാര്യം മാത്രം തരണം എന്താണത് അങ്ങയെ മറക്കരുത് ഏത് സംയോഗത്തിലും ഒരു വിയോഗമുണ്ടാവണം ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ ദൂതനായ ഹനുമാൻ ഹനുമാൻ സ്വാമി ലങ്കയിൽ പോകണു സീതാദേവിയെ കണ്ടെത്തി തിരിച്ചു വന്ന് വിവരം പറയണു ഭഗവാന്റെ കൂടെ തന്നെ ലങ്കയിൽ വീണ്ടും പോണു യുദ്ധം ചെയ്യണോ സീതാദേവി വീണ്ടെടുക്കണോ അങ്ങനെ കൊട്ടാരത്തിൽ വന്ന് പട്ടാഭിഷേകം കഴിഞ്ഞ് ഭഗവാനെ വേർതിരിയുന്ന ഒരു സന്ദർഭം ഹനുമാൻ സ്വാമിക്കും വന്നിയായിരുന്നു എല്ലാവരെയും പറഞ്ഞയക്കുമ്പോൾ അംഗതൻ വിഭീഷണൻ ഇവർക്കെല്ലാം പട്ടുവസ്ത്രങ്ങളും രക്തമാല്യങ്ങളും കൊടുത്ത് പറഞ്ഞയക്കുമ്പോൾ ഹനുമാൻ സ്വാമിക്കും ഒരു വേർപാടുണ്ടായിരുന്നു പക്ഷേ ഹനുമാൻ സ്വാമി സമയത്ത് ചോദിക്കുന്ന ഒരു വരവുണ്ട് ഭഗവാൻ ഓരോരുത്തരോടും ചോദിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്താ വേണ്ടത് ഹനുമാൻ സ്വാമിയോട് ചോദിക്കുമ്പോൾ ഹനുമാൻ സ്വാമി പറയും എനിക്ക് ഒരു വരം തന്ന് അനുഗ്രഹിച്ചാൽ മതി എന്താണത് രാമാജപസ്മരണ ശ്രവണങ്ങളിൽ മാമകമാനസേ തൃപ്തിവരാ വിഭോ മറ്റു വരം മമ വേണ്ടതയാനിതേ മുറ്റുമിളക്കമില്ലാതൊരു ഭക്തിയുണ്ടായിരിക്കണേ ഇളക്കമില്ലാത്തൊരു ഭക്തി തന്ന് അനുഗ്രഹിക്കൂ അപ്പോഴെനിക്ക് ിയോഗത്തെയും നേരിടാനുള്ള ആത്മധൈര്യം കിട്ടും ഭഗവാനെ ഇതാണ് നമ്മളൊക്കെ ചോദിക്കേണ്ടത് അങ്ങനെ ഒരു ധൈര്യം ഒരു ശക്തി ഒരു ഉണർവ് നമുക്കുണ്ടായാൽ ഈ ഗോപികമാരോട് ഭഗവാൻ പറയുന്നത് നമുക്ക് മനസ്സിലാവും എന്നിട്ട് ഗോപികമാര് ആ ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് ഭഗവാനോട് ആവശ്യപ്പെടുന്ന ഒരു അനുഗ്രഹമുണ്ട് എന്താണത് യോഗേശ്വരൈ ഹൃദി വിജിന്യമകാദബോധൈ സംസാരഗോപതിദോ തരണാവലംബം ഗേഹാഞ്ജുഷാമതി മനസ്സി ഉദിയാൽ സദാന്ന സദാനഹ എപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഭഗവാനെ ഉദിക്കട്ടെ ഉണരട്ടെ തോന്നട്ടെ സ്മരിക്കാൻ സാധിക്കട്ടെ എന്താ തോന്നേണ്ടത് യോഗേശ്വരേ ഹൃദി യോഗേശ്വരനായിരിക്കുന്ന ഭഗവാൻ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടെന്ന സ്മരണ ഞങ്ങളിൽ ദൃഢമായി തീരട്ടെ ആ ഗോപികമാരെ ഭഗവാനോട് ആവശ്യപ്പെടുന്നത് ഇനിയും അങ്ങ് വൃന്ദാവനത്തിൽ വന്ന് താമസിക്കൂ എന്നല്ല ഇനിയും നമുക്ക് വൃന്ദാവനത്തിൽ ലീലകളാടാമെന്നല്ല ഞങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാനെ സദാ അങ്ങുണ്ടെന്ന സ്മരണ ദൃഢമായി ഞങ്ങൾക്കുണ്ടാവട്ടെ കാരണം ഞങ്ങളൊക്കെ സംസാരകൂപപതി സംസാരമാകുന്ന ഈ സാഗരത്തിൽ പതിച്ചവരാണ് അതിൽ ആകെയുള്ളൊരു ശരണം ഏക അവലംബനം ഏക അവലംബനം ഭഗവാനെ അവിടുന്ന് മാത്രമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ സ്മരണ വിടാതെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറയ്ക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞ് അവർ സ്മരിക്കുന്നു ഭഗവാൻ അവരേക്ക് അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്നൊന്നും പിന്നീട് അടുത്ത അധ്യായത്തിൽ നിങ്ങൾ കാണാം ഭഗവാന്റെ ഭക്തിമാരോടൊക്കെ പാഞ്ചാലി ദേവി അവിടെ കശപ്പിച്ചാന്നുള്ള ശബ്ദകോലാഹലങ്ങളൊക്കെ തുടങ്ങിയപ്പോ ഭഗവാൻ ഭഗവാന്റെ പാഞ്ചാലി ദേവി അവരോടൊക്കെ പറഞ്ഞു നോക്കൂ നമ്മളിങ്ങനെ വെറുതെ വർത്തമാനം പറയുന്നതിന് പകരം ഭഗവാൻ ലീലകളൊക്കെ ഇങ്ങനെ പറയുകയില്ലേ നല്ലത് നിങ്ങൾ കാണിച്ച ഓരോരുത്തർക്കും പറയാനുണ്ട് അതെളുപ്പത്തിൽ പറയാൻ നിങ്ങൾക്കൊരു കാര്യം നിങ്ങളെ ഭഗവാൻ കല്യാണം കഴിച്ച കഥകളൊക്കെ പറഞ്ഞാൽ തന്നെ ഓരോരുത്തർക്കും പറയാനുണ്ട് രുണി ദേവിക്ക് പറയേണ്ട ശശിപാലന്റെ നേരെ കത്തടിച്ചു എന്നിട്ട് ഞറങ്ങി വരുമ്പോൾ ഞാൻ എന്നെ തട്ടിക്കൊണ്ട് ഭഗവാൻ പോയി എന്ന് അതുപോലെ സത്യഭാമാദേവിക്ക് പറയേണ്ട ഒക്കെ ഒരു മണികാരനാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് അസമന്തക മണി അച്ഛന്റെ കയ്യിൽ നിന്ന് കട്ടുകൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ എന്നെ ഒരിക്കലും ഭഗവാൻ കിട്ടില്ലായിരുന്നു അത് വേറെ കാളിന്ദീ ദേവി പറയേണ്ട അർജുനൻ എന്റെ അടുത്ത് വന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് ഭഗവാന്റെ അടുത്ത് എത്തിച്ചേരാൻ പറ്റി അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ആ പേർക്ക് ഇവരൊറ്റ കഥയെ പറയാണല്ലോ അങ്ങനെ ഇവരൊക്കെ പറഞ്ഞ് അവിടെ സൽസംഗം നടന്നുവെന്നാണ് പിന്നീട് അടുത്ത അധ്യായത്തിൽ ആ തീർത്ഥഭൂമിയിലേക്ക് അന്ന് ജീവിച്ചിരുന്ന മഹാത്മാക്കളൊക്കെ എത്തിച്ചേർന്നു തൊയ്ബായനൻ നാരദൻ രമനൻ ദേവരൻ നസിതൻ വിശ്വാമിത്രൻ ശദാനന്ദൻ ഭരദ്വാജൻ തുടങ്ങിയിട്ടുള്ള ഭാരതത്തിന്റെ ആധ്യാത്മിക സംസ്കാരം മാറ്റിമുറച്ച മഹാത്മാക്കളൊക്കെ അവിടെ എത്തിച്ചേർന്നുവെന്നാണ് അവരെ കാണുമ്പോ ഭഗവാൻ അവരുമായിട്ട് നടത്തുന്ന ഒരു സംവാദം എൺപത്തിനാലാം അധ്യായത്തിൽ വ്യാസമാക്ഷി രേഖപ്പെടുത്തിയിരിക്കും താൻ കൂടി ഉണ്ടതിൽ ഭഗവാൻ അവരെ കാണുമ്പോ ഭക്തിയാദരവോടെ എണീറ്റി ചെന്ന് അവരെയൊക്കെ നമസ്കരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് പറയും ഞങ്ങൾ ഭാഗ്യവാൻമാരാണ് കാരണം നിങ്ങളെപ്പോലുള്ള മഹാത്മാക്കളെ കാണാനും ദർശിക്കാനും സാധിച്ചില്ലേ അത് ജീവിതത്തിന്റെ പരമഭാഗ്യമാണ് അഹോവയം ജന്മബുദോ ല േവാനാമിതുഷ്പ്രാവം യതുയോഗേശ്വരദർശനം ദേവന്മാർക്ക് പോലും കിട്ടാൻ വളരെ പ്രയാസമായിട്ടുള്ള ഒന്നാണ് മഹാത്മാക്കളായിട്ടുള്ള നിങ്ങളെയൊക്കെ കാണാൻ സാധിക്കുക എന്നുള്ളത് വളരെ ഭാഗ്യം ചെയ്തവർക്ക് ഈ ഭാഗവതമൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കുള്ളൂ എന്ന് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭാഗ്യോദയേണ ബഹുജന്മ സമാർജിതേന സൽസംഗമേവലപതേ പുരുഷോ അതൊരു ഭാഗ്യമാണ് അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഭാഗ്യം അനുഭവിക്കാൻ കാരണം എത്രയോ ജന്മജന്മങ്ങളിൽ നമ്മളൊക്കെ ഭാഗ്യം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ശക്തിയാണ് നമ്മളിവിടെ കൊണ്ടിരുത്തുന്നത് പ്രിയാണ് അല്ലെങ്കിലോ നമുക്ക് ഈ സംസ്കാരം ഉണ്ട ഇല്ലാതെ നമ്മളിവിടെ വന്നിരുന്നിട്ടും കാര്യമില്ല രാമകൃഷ്ണദേവൻ മനോഹരമായിട്ടൊരു കഥ പറയും രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു രണ്ടുപേര് ബിസിനസ്സുകാരായിരുന്നു അങ്ങനെ ഈ ബിസിനസ്സുകാർ ബിസിനസ്സൊക്കെ കഴിഞ്ഞാൽ ഒരുമിച്ചാ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഒരു ദിവസം രണ്ടുപേരും പോകുന്ന വഴിക്ക് ദേ ഒരു അമ്പലത്തിൽ സൽസംഗം നടക്കേണ്ട സത്താഹ നടക്കേണ്ടത് നമുക്ക് പോവാം അപ്പൊ ഒരുത്തം പറഞ്ഞു നീ സത്സംഗത്തിനോ എവിടെ വേണമെങ്കിൽ പോയിക്കോളൂ ഞാനെന്നൊരു വേശിയുമായിട്ട് പറഞ്ഞിട്ടുണ്ട് കൂടിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവളുടെ അടുത്ത് പോകണം അപ്പോൾ ഒരാളെ ഒരു വേശിയയുടെ അടുത്ത് പോകണു മറ്റാൾ സൽസംഗത്തിന് പോണു സത്സംഗത്തിന് പോകുന്ന ആളിങ്ങനെ ആലോചിക്കുകയാണ് ഓഹ് ഇപ്പൊ അവൻ ആ വേശയുടെ കൂടിരുന്നിട്ട് സൂഹിക്കണ്ടാവും ഞാനിവിടെ ഈ എന്ത് വേദാന്ത എന്ത് ബ്രഹ്മ എനിക്കിതൊന്നും മനസ്സിലാവണില്ല അവനെത്ര ഭാഗ്യം ചെയ്തവൻ അവൻ എത്ര സുഖം അനുഭവിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു ഇയാള് അടുത്ത ആൾ പോയവൻ വിചാരിക്കുകയാണ് കഷ്ടം ഇങ്ങനെ ഇതിലേക്ക് വരാനാണല്ലോ എനിക്ക് തോന്നിയത് അവനെത്ര ആ ഭഗവൽ കീർത്തനങ്ങളും നാമങ്ങളും സ്മരണങ്ങളും ചെയ്യുന്നുണ്ടാവില്ലേ എനിക്കതിനുള്ള യോഗ ഉണ്ടായില്ലല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ടുപേരുടെയും കാറ്റ് ഒരുമിച്ച് പോയി എന്നാണ് വേശയിലടുത്ത ആളുടെ പോയി അതും പോയി മറ്റാളും പോയി അങ്ങനെ രണ്ടുപേരും പോകുന്ന സമയത്ത് വേശയുടെ അടുത്തേക്ക് പോയ ആളെ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചു അപ്പൊ ഈ സത്സംഗത്തിന് പോയ ആള് യമ യമരാജാവന്റെ പിടിച്ചു ഇത് തോന്നീവാസാണ് അവൻ വേശയുടെ അടുത്ത് പോയി ഞാൻ സൽസംഗത്തിന് പോയി എന്നിട്ട് സൽസംഗത്തിന് പോയ ഞാൻ നരകത്തിലും അവൻ സ്വർഗത്തിലും ഇതെവിടുത്തെ നയമാണെന്ന് ഉടനെ യമരാജാവ് പറയാണ് അവൻ സൽസംഗത്തിന് ജേശിയുടെ അടുത്താണ് പോയതെങ്കിലും അവന്റെ മനസ്സ് സൽസംഗത്തിനായിരുന്നു നീ സത്സംഗത്തിനായിരുന്നു പോയതെങ്കിലും മനസ്സും അവരുടെ ഞാൻ നോക്കുക എന്നുള്ളത് അപ്പൊ നമ്മളൊക്കെ ശ്രദ്ധിക്കണം ഭാഗവത സപ്താഹം കേൾക്കുമ്പോൾ ഇവിടെയും എവിടേക്കാണ് മനസ്സ് പോണത് അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ആ ഒരു അനുഭവം ഇവിടെ നമ്മുടെ ഇത് യോഗീശ്വര ദർശനം ദേവാനാമ വിദുഷ്പ്രാപം വളരെ പ്രയാസമാണ് അതുകൊണ്ട് മഹാത്മാക്കളെ ഒരു പരമാർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന ഹ്യാനി തീർത്ഥാനി ദേവ നമൃച്ചിലാമയാം പുനന്തിരുകാലേന ദർശനാദേവസാധവാ പറയുന്നു ഒരു പക്ഷേ നമ്മൾ എത്രയോ കാലം ക്ഷേത്രത്തിൽ പോയാൽ മനസ്സിന് കുറേയൊക്കെ ശക്തിയും ധൈര്യവും വന്നു എന്ന് ഒരു കുറേയൊക്കെ നമ്മൾ ഉയർത്താൻ സാധിച്ചു എന്ന് എന്നാൽ കുറേ കാലം കൊണ്ട് നേടിയെടുക്കുന്നത് ഒരു സത്സംഗത്തിലൂടെ ദർശനാദേവ സാധവ എളുപ്പം സാധിക്കുന്നതാണ് ഒരു അമ്പത് വർഷം ക്ഷേത്രത്തിൽ പോയത് നേടാൻ ഒരു ഭാഗവത സപ്താഹത്തിന് സാധിക്കുന്നതാണ് അതുകൊണ്ട് ഭാഗവതം മാഹാത്മ്യം പറയുമ്പം പറയും പണ്ട് രാജാക്കന്മാർ സ്വർഗത്തിലേക്ക് പോവാൻ ചെയ്തിരുന്ന ഒരു കർമ്മമായിരുന്നു അശ്വമേധയാഗം നൂറ് അശ്വമേധയാഗം ചെയ്താൽ ഇന്ദ്രന്റെ പദവിക്ക് തുല്യം അതായത് എത്രയോ ജന്മങ്ങളിൽ സ്വർഗത്തിലിരിക്കാൻ സാധിക്കുന്നതാണ് വിശ്വാസം അത്രയും അശ്വമേധയാഗം ചെയ്യണമെങ്കിൽ നൂറ് അശ്വമേധയാഗം ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ തപസ് വേണം കുറേ കാര്യങ്ങൾ വേണം ഒരുക്കങ്ങൾ വേണം സമ്പത്ത് വേണം ഭാഗവതം പറയാണ് ഒരു ഭാഗവത സപ്താഹം കേൾക്കുന്നത് നൂറ് അശ്വമേധയാഗം ചെയ്തതിന്റെ ഫലമാണെന്ന് ഓഹ് അപ്പൊ അത്ര നോക്കൂ ഒരു അശ്വമേധയാഗം ചെയ്തതിന്റെ ഫലം അതിനെന്നെ കുറെ സമ്പത്തും കാര്യങ്ങൾ ചെലവിടും പിന്നെണ്ട് നൂറശ്വമേധയാകും അപ്പൊ ഒരു സപ്താഹം കേൾക്കുന്നത് നൂറശ്വേധയാകത്തിന്റെ ഫലമാണെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ആ സ്വാമി ഒന്നാമത്തെ ദിവസം പറഞ്ഞുകൂടായിരുന്നില്ലേ ഞങ്ങൾ ഫുൾ കേൾക്കായിരുന്നല്ലോ ഇതിപ്പോ കുറെ കട്ട് ചെയ്തല്ലോ അവിടുമ്പടേക്ക് അപ്പൊ എത്ര കിട്ടും അപ്പൊ അതിന്റെ റിഡക്ഷൻ വരും പ്രത്യേകിച്ച് ഓഫ് സീസൺ റിഡക്ഷൻ സെയിലിൽ വിൽക്കുന്ന കാലാണത് അപ്പോ ഒരു ഭാഗവത സപ്താഹം മുഴുവൻ കേൾക്കുന്നത് ഒരു നൂറ് അശ്യമേദയാകും ചെയ്തതിന്റെ ഫുൾ ഫലം കിട്ടും അങ്ങനെ ഭഗവാൻ പറഞ്ഞിട്ട് പറഞ്ഞു അതുകൊണ്ട് ജീവിതത്തിൽ ഈ ഒരു പരമാർത്ഥം മനസ്സിലാക്കൂന്ന് എന്താണത് സത്സംഗങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് അത് വിട്ടുപോകരുത് അപ്പൊ ഈ സത്സംഗം എന്ന് പറയുമ്പോഴും പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കും അമ്പലത്തിൽ പോയിട്ട് ഭജനം പാടലാണോ അല്ലെങ്കിൽ അവിടെ ഗീതാ ക്ലാസ് പോലെ നാരായണീയൻ ക്ലാസ് പോലെ ഭാഗവതം ക്ലാസ്സിൻ്റെ പോയി കേൾക്കലാണോ ഇത് മാത്രമല്ല എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ ഭാഗവതം വായിക്കുന്നുവെങ്കിൽ വിഷ്ണോസാസ്നാമം ചൊല്ലുന്നുവെങ്കിൽ അതും സത്സംഗമാണ് ഇനി നമ്മളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അതും സത്സംഗമാണ് നമ്മൾ സത്തായിരിക്കുന്ന ഈശ്വരനെ വിചാരം ചെയ്തുകൊണ്ട് നടത്തുന്ന കാര്യങ്ങളൊക്കെ സത്സംഗമാണ് എപ്പോ നമ്മൾ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരുമ്പോഴും ദുഃഖിക്കാതിരിക്കുന്നുവോ മനസ്സിനെ ഉയർത്തുന്നുവോ അത് വലിയ സത്സംഗമാണ് കാരണം സത്തിനെ സ്മരിച്ചാലേ ദുഃഖത്തിൽ നിന്നും ഉയരാൻ സാധിക്കുകയില്ല അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഈശ്വര സ്മരണയിലൂടെ കടന്നു പോകുന്നതിനെയാണ് എന്താ പറയുക സൽസംഗം മറ്റതെല്ലാം സ്ഥൂലമായിട്ടുള്ള സംഘങ്ങളാണ് ഒരു ഭജനയ്ക്ക് പോവുക കുറേ നാമം ചൊല്ലുക കീർത്തനങ്ങൾ ചൊല്ലുക അതൊക്കെ ഒരു സ്ഥൂലതലത്തിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള സൽസംഗം എന്ന് പറഞ്ഞാൽ നമ്മളെ തളർത്തുന്ന അനുഭവങ്ങൾ വരുമ്പോഴും സത്തായിരിക്കുന്ന ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് നമ്മളെ മനസ്സിനെ നമുക്ക് പിടിച്ചുയർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയ സത്സംഗമാണ് അങ്ങനെ ഭഗവാൻ പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു എന്നാൽ ഇങ്ങനെ ഒരു നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിട്ടും ആരാണോ സത്സംഗങ്ങൾക്കൊന്നും പോവാത്തത് അവനാരാണ് യാത്മബുദ്ധിക്കുണവേത്രികേ സ്വളത്രീർ ആരാണോ നല്ലൊരു മനുഷ്യ ശരീരം കിട്ടിയിട്ട് ബുദ്ധിയും മനസ്സൊക്കെ കിട്ടിയിട്ട് വെറും ശരീരത്തിന്റെ സുഖത്തിനും കുടുംബം അതിനുവേണ്ടിയൊക്കെ ജീവിക്കുന്നത് നല്ലൊരു കാര്യത്തിലേക്ക് ജനേഷ വിഘ്നേഷ നല്ല ആളുകളുടെ കൂട്ടത്തിലേക്ക് മനസ്സിനെ പറഞ്ഞയക്കാത്തത് നല്ലത് കേൾക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കാത്തത് സ ഗോകര എന്നാണ് ഭഗവാൻ അവനെയാണ് ഗോകരൻ എന്ന് വിളിക്കുന്നത് ഗോകരൻ എന്ന് പറഞ്ഞാൽ കഴുതാനട്ടം ഭഗവാന്റെ ഡെഫനേഷനിൽ കഴുത എന്ന് പറയുന്നത് നാലുകാലിൽ ജീവിക്കുന്നൊരു ജീവിയല്ല നോട്ടിലിങ്ങനെ വായും പൊളിച്ചിരിക്കുന്ന ജീവിയല്ല കഴുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിട്ടും അതിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താത്തത് അതിനുവേണ്ടിയിട്ട് സത്സംഗാതികൾക്ക് പോവാത്തത് അവരെയൊക്കെയാണ് കഴുത എന്ന് വിളിക്കുന്നത് കഴുതകൾക്കു കൊണ്ടൊരു മഹത്വം എന്ന് പറയുന്നത് ഒരു കഴുത മറ്റൊരു കഴുതയോട് ചോദിക്കുകയാണ് നമ്മളും മനുഷ്യന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കഴുതിക്കൊരു ചെറിയ സംശയം ഒരു സുഹൃത്തായിരിക്കുന്ന കഴുതയോട് ചോദിച്ചു നമ്മൾ മനുഷ്യനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ അപ്പോ മറ്റേ സുഹൃത്ത് പറയേണ്ട കഴുത പറയാണ് നമ്മളും മനുഷ്യനും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ അതെന്താന്ന് വെച്ചു മനുഷ്യന് നമുക്ക് മനുഷ്യർക്ക് കഴുതിയാവാൻ പറ്റും നമുക്കൊരിക്കലും മനുഷ്യനാവാൻ പറ്റില്ല അതാണ് വലിയ വ്യത്യാസം ഇന്നേ ഒരു കഴുതയുടെ മുഖത്ത് നോക്കിയിട്ട് ആരും പറഞ്ഞില്ല എന്താ മനുഷ്യ അവിടെ നിൽക്കുന്നത് എന്ന് എന്നാ പൊളിച്ച് നിൽക്കുന്ന മനുഷ്യനോട് പലപ്പോഴും ചോദിക്കാറുണ്ട് എന്താ കഴുതാണ് ഇവിടെ നിൽക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് സാധിക്കും ഒരു കഴുതിക്കൊരിക്കലും മനുഷ്യനാവാം അപ്പൊ ഇങ്ങനെ ജന്മം കിട്ടിയിട്ട് നമ്മൾ കഴുതിയായി തീരാൻ പറഞ്ഞാലോ കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കുന്ന ഗർഭവം എന്ന് പ്രദാനം പറയും എത്ര മനോഹരമാണ് ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ മഹത്വം നമ്മൾ തിരിച്ചറിയില്ല പറയാണ് ഒരു സ്ട്രീറ്റില് ഒരു യാചകൻ ഇങ്ങനെ യാചിക്കാറുണ്ട് ആരെ കണ്ടാലും സാർ എന്ന് പറഞ്ഞിട്ട് കൈനീട്ടുകയാള് അപ്പോൾ ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ ആ വഴിക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു പത്ത് നാൽപ്പത് വയസ്സുള്ള ഒരാൾ വരുമ്പോൾ ഇദ്ദേഹം സാർ എനിക്ക് വല്ലതും അതിൽ രാവിലെയാണ് ഒരു ഏഴ് ഏഴ് എട്ടുള്ള സമയത്തനാണ് സാറെന്ന് പറഞ്ഞിട്ട് കൈനീട്ടിയപ്പോൾ ഇദ്ദേഹം ചോദിച്ചു നീ എത്ര കാലം ഇവിടെ യാചിക്കാൻ തുടങ്ങിയിട്ടെന്ന് അപ്പൊ യാചകം പറയണം ഇന്നേവരാരും ഈ ചോദ്യം ചോദിച്ചില്ല നിങ്ങളാര വല്ല ഉദ്യോഗസ്ഥനാണോ ചോദിച്ചു ഉദ്യോഗസ്ഥനോ എന്നല്ല അറിയാനുള്ളൊരു താല്പര്യം കൊണ്ട് ചോദിച്ചു സാർ വേണ്ടാത്ത ചോദ്യം ചോദിച്ചിട്ട് എന്തിനാ സമയം കളയണത് എനിക്ക് ഒരു രണ്ട് രൂപ തന്നാൽ സാറിന് പോവാൻ അവിടെ അല്ല സുഹൃത്തെ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചാണ് നീ എത്ര കാലം ഇവിടെ യാചിക്കാൻ തുടങ്ങിയത് സാറിനൊപ്പം പറഞ്ഞുകൊണ്ട് എന്താ വലിയ കാര്യമുള്ളത് സുഹൃത്തെ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു ശരി ഞാനൊരു പത്ത് പതിനെട്ട് വർഷം എന്താ അവിടെ യാചിക്കാൻ തുടങ്ങി ശരി സാർ അഞ്ചു രൂപ തരുമെന്ന് ഉടനെന്തായാലും ചോദിച്ചു നീ ഇരിക്കുന്ന ഈ പെട്ടി എവിടെന്ന നിനക്ക് കിട്ടിയതെന്ന് സാർ ചോദ്യം ചോദിച്ചിട്ട് എന്തിനാ സമയം കളയണത് സാർ രണ്ട് രൂപ സാറ് ഇക്കോളൂ ഈ വേണ്ടാത്ത ചോദ്യം ഒന്ന് ചോദിക്കണം അല്ല സുഹൃത്തെ ഒന്ന് അറിയാനുള്ള താല്പര്യം കൊണ്ട് എന്താ സാറിന് ഇതുപോലെ ഇരിക്കണമെന്നുവല്ല മോഹം ചോദിച്ചു ഇയാളെ കണ്ടാത്ത പോകുന്നില്ല യാചകനാണെന്ന് അല്ല സുഹൃത്തിനെ ഒന്ന് ചോദിച്ചു എന്ന് മാത്രം സാർ അതെന്തായാലും ഞാൻ തരില്ല എനിക്ക് വേണ്ട പെട്ടിയാണത് അല്ല സുഹൃത്തെ ഒന്ന് എന്ന് മാത്രം എത്ര സാർ അതെനിക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു കടയുടെ മുന്നിൽ നിന്ന് ഞാൻ അതിന്റെ മുകളിലിരുന്ന് യാചിക്കുന്നു ശരി അതിന്റെ ഉള്ളിൽ എന്താണുള്ളത് എന്ന് സാർ സാറ് പൈസ വരാനാണോ ഉദ്ദേശിക്കുന്നത് അത് വേണ്ടാത്ത ചോദിക്കാനാണോ എടോ തനിക്ക് ഞാൻ കാച്ചു തരാൻ തനം പറഞ്ഞാൽ മതി സാർ എന്താ സാറിനത് കണ്ടിട്ട് കാര്യം അതിൻ്റെ അകത്ത് പഴയ വസ്ത്രം എന്റെ പഴയ സാധനങ്ങളൊക്കെയാണ് പ്ലേറ്റും കാര്യവും സാറിനെപ്പോൾ അത് കണ്ടിട്ട് കാര്യം എന്താണ് സുഹൃത്തെ ഒന്ന് അറിയാനുള്ള താല്പര്യം കൊണ്ട് ചോദിച്ചാലോ ഒന്ന് തുറന്ന് കാണിച്ചു തന്നാൽ മതി ഞങ്ങൾ കാണിച്ചു കൊടുത്തു അതിൽ പഴയ വസ്ത്രങ്ങൾ അതൊക്കെ കാണുന്നുണ്ട് ഉടനെന്തെങ്കിലും ചോദിച്ചു അതൊന്നെടുത്ത് പുറത്തിടാൻ പറ്റുമെന്ന് അത് ശരി പെട്ടിയുടെ മോഹാണല്ലേ ഇതിൻ്റെ മുകളിൽ നിന്ന് യാചിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടോന്നു സുഹൃത്തേ എനിക്ക് അങ്ങനെ ഒന്നും ഒരു ഒന്ന് കാണാൻ വേണ്ടിയിട്ട് സാർ എന്തിനാ സാർ എടോ തനിക്കൊരു അഞ്ചു രൂപ തരാം നല്ലത് സാർ എന്ന് തുറന്നു കാണിച്ചോ എടുത്തു പുറത്തുനിന്നു സാർ വേണ്ടാത്ത പണിയൊന്നും ചെയ്യേണ്ട സാറ് അത് അവിടെ നിന്നോട്ടെ അത് പുറത്തിട്ടാൽ പിന്നെ അത് പല ദുർഗന്ധങ്ങളും വരും പിന്നെ അങ്ങേക്കും എനിക്കും ബുദ്ധിമുട്ടാവും വേണ്ടെന്നാവും എടോ സുഹൃത്തെ ഒന്ന് എടുത്ത് പുറത്തിട്ടാൽ മതി ആ സാറെ അയാൾ എല്ലാം പുറത്തിട്ടു പറഞ്ഞു നിനക്കറിയൂ കുട്ട ഇതിന്റെ വല്ല രഹസ്യങ്ങളും പത്തിരുപത് വർഷം മുമ്പ് എന്റെ ഫാമിലി എന്റെ അച്ഛനും എന്റെ മുത്തശ്ശനൊക്കെ ഈ തെരുവിലെ ഏറ്റവും വലിയ രത്നവ്യാപാരികളായിരുന്നു അന്നൊരു കലാപം വന്ന സമയത്ത് എല്ലാം എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ടതാണ് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയവരാണ് ഞങ്ങൾ അന്ന് ഞങ്ങളുടെ ഏറ്റവും വില കൂടിയ സൂക്ഷിക്കുന്ന പെട്ടിയായിരുന്നു ഇത് അതിനുള്ളിലെ ചില മാർക്കുകൾ കാണാൻ വേണ്ടിയാണ് നിന്നോട് പറഞ്ഞു ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ സാറിന് എന്റെ സുഹൃത്തെ അന്ന് ഞങ്ങൾ രഹസ്യമായി ഒളിപ്പിച്ചു ഒരു ഇന്ദ്രനീല കല്ല് ഏറ്റവും വില കല്ല് ഇന്നും ആ പെട്ടിയുടെ ഉള്ളിലിരിക്കുന്നുണ്ട് നിനക്കത് വല്ലതും അറിയൂ അതിനുവേണ്ടിയിട്ട് എത്ര വർഷമായി ഞാൻ അന്വേഷണം നടത്തിയിട്ടെന്നറിയൂ എന്നിട്ട് അധികം അതിൻ്റെ ഉള്ളിൽ കുറെ മെഴുകൊണ്ടും എടുത്തു വെച്ച സംഗതികളുണ്ട് അതൊക്കെ ചൊരണ്ടിക്കളഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ സ്ക്രൂകളാണ് അത് കഴിച്ചെടുത്ത് നോക്കുമ്പോൾ മരത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് ഏറ്റവും മനോഹരമായൊരു കല്ല് അന്നത് വിൽക്കുകയാണെങ്കിൽ ഇരുപത് ലക്ഷം വില കിട്ടും ആ ഇരുപത് ലക്ഷം വിലയുള്ളൊരു കല്ലിന്റെ മുകളിലിരുന്നിട്ടാണ് ആ യാചകൻ പതിനെട്ട് വർഷം ഒരു രൂപയ്ക്കും രണ്ട് രൂപയ്ക്കും വേണ്ടി കൈനീട്ടിയ തീർക്കുകയാണ് അപ്പൊ നോക്ക് വിലമതിക്കാൻ പറ്റാത്ത ഒരു സമ്പത്ത് കയ്യിലുണ്ടായിട്ടും അതറിയാതെ അനുഭവിക്കാൻ പറ്റാതെ ജീവിച്ചു ഉടനെ ആ ബിസിനസ്സുകാരൻ അതെടുത്തിട്ട് അവരോട് പറഞ്ഞു എന്റെ ജീവിതത്തിൽ വേണ്ടതൊക്കെ ഈശ്വരൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പോയി രക്ഷപ്പെട്ടോളൂന്ന് ആ സമയത്ത് ആ യാചകന്റെ എന്തായിരിക്കും പിന്നെ അയാളെ കൈവീട്ടു അയാളിങ്ങനെ ഒരു കൽത്തൂണ് പോലെ നിന്ന് നോക്കുകയാണ് അയാളെ എന്താ പറയേണ്ടതെന്നറിയില്ല ഒരു രൂപയ്ക്ക് വേണ്ടി യാചിച്ച തന്റെ മുന്നിൽ ഇന്നിപ്പോ എത്രയോ കോടികളാണ് ലക്ഷങ്ങളാണ് കയ്യിലിരിക്കുന്നത് ഇതുപോലെ ഈശ്വരൻ അനന്തമായ ശാന്തിയും സ്വസ്ഥതയൊക്കെ നമുക്ക് തന്നിട്ട് ഞാനും നിങ്ങളും അതിന്റെ മഹത്വം മനസ്സിലാക്കാതെ ഇരുന്ന് കൈനീട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാചിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ സുഖമുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ യാചകന്മാരെ ലോകത്തിലാരുണ്ട് അതുകൊണ്ട് നമ്മളെ കഴുതാന്ന് ഭഗവാൻ വിളിക്കാൻ ഇളവരുത്തരുത് നമ്മളൊക്കെ മനുഷ്യരായിട്ട് ധീരേണ്ടവരാണ് അതുകൊണ്ട് സത്സംഗത്തിലേക്കൊക്കെ മനസ്സിനെ നയിക്കൂ എന്ന് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു താൻ പുത്രഭാവത്തിലാണല്ലോ കൃഷ്ണനെ കാണുന്നത് ഒന്ന് നമസ്കരിക്കണമല്ലോ കൃഷ്ണന്റെ മുന്നിൽ എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണനാവട്ടെ ദിവസവും പിതാവിന്റെ മുന്നിൽ ചെന്ന് കൈവൂപ്പിക്കൊണ്ട് കാൽക്കൽവീന് നമസ്കരിക്കും ആ ഒരു നിമിഷം വസുദേവന് മറക്കും കൃഷ്ണൻ ഈശ്വരനാണെന്നൊക്കെയുള്ള കാര്യം പുത്രഭാവത്തിൽ അപ്പോഴും കണ്ടുപോകും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വസുദേവർക്കൊരു മോഹം പുത്രനെ നമസ്കരിക്കണമെന്ന് അന്ന് ഭഗവാൻ കൃഷ്ണനും പരരാമസ്വാമിയും അച്ഛന്റെ മുന്നിലെത്തി അച്ഛനെ കൈകൂപ്പി നമസ്കരിച്ചപ്പോ അച്ഛന്റെ കണ്ണിൽ നിന്നും കണ്ണു നേരി ധാരധാരയിട്ട് വീണു അച്ഛൻ പറയുകയാണ് അന്ന് നീ പ്രസൂതി ഗ്രഹത്തിൽ വെച്ച് അതായത് നിന്നെ പ്രസവിച്ച സമയത്ത് ശംഖചക്ര കഥാധാരയിട്ട് രൂപം കാണിച്ചു തന്നു അന്ന് പറഞ്ഞു ഞാൻ ഈ ഭൂമിയെ ഉയർത്താൻ വന്നിരിക്കുന്ന ഈശ്വര ശക്തിയാണെന്നുള്ളത് അതെല്ലാം ഞാൻ മറന്നുപോയിട്ട് പുത്രഭാവത്തിൽ ഉണ്ണി നിന്നെ കണ്ടുപോയി അതുകൊണ്ടോ എന്റെ ജീവിതത്തിൽ എന്നെ പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ല നീ പുത്രനായിട്ടും ഞാൻ ജീവിതത്തിൽ ഭയവും ദുഃഖവും അവശതയും എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള പേടി എന്നെ പിടികൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു യുവാനുദോസാക്ഷൽ പ്രധാനപുരുഷിഷ്യോ ഭൂവാരക്ഷത്രചണ അവതീർണോ പദാ സൂദീഗ്രഹേന ുഗം നിജധർമ്മുപ്തിൽ വിതാസിദൂർണ്ണ വിഭൂതിമായും അന്ന് സൂതിഗ്രഹത്തിൽ വച്ച് ഈ പറഞ്ഞതൊക്കെ ഞാൻ മറന്നുപോയുണ്ണി ബ്രഹ്മഭാവത്തിൽ ചിന്തിക്കണമെന്നും പുത്രഭാവത്തിൽ സ്നേഹിച്ചോളൂ പറഞ്ഞതൊക്കെ ഞാൻ മറന്നുപോയി ഇപ്പോ അച്ഛൻ ഇന്ദ്രിയങ്ങളിൽ കുരുങ്ങിപ്പോയി ഇന്ദ്രിയങ്ങൾ പറയുന്നു ഇതൊക്കെ സത്യമാണ് ഇതൊക്കെ എന്നും ഉണ്ടാവുന്നൊക്കെ കണ്ണുകൾ എന്നോട് പറയുകയാണ് നീ എന്നും കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ മോഹിക്കുന്നു ഈ കാണുന്നതൊക്കെ എന്നും ഉണ്ടാവണം യാദവകുലം എന്നും ഉണ്ടാവണമെന്ന് യാദവകുലത്തിൽ അപ്പോഴേക്കും സംഘർഷങ്ങളൊക്കെ അദൃ അന്തിദ്രങ്ങളൊക്കെ വരാൻ തുടങ്ങി ഇതൊന്നും ഉണ്ടാവരുത് ഞാൻ മോഹിക്കുന്നു ഞാൻ ഭയത്തിലും ദുഃഖത്തിലുമാണ് ഉണ്ണി ഉണ്ണി ഒന്ന് പിടിച്ചു ഉയർത്തു എന്ന് പറഞ്ഞ് പിതാവ് സ്വന്തം പുത്രന്റെ മുന്നിൽ കൈകൂത്തി കാരുണ്യം അപേക്ഷിച്ചപ്പോ ആ ഭഗവാൻ സ്വന്തം പിതാവിന് കൊടുക്കുന്നൊരു ഉപദേശം എൺപത്തി അഞ്ചാം അധ്യായത്തിൽ ശ്രീ ഭഗവാൻ വാച എന്ന് പറഞ്ഞ ഭാഗത്ത് കാണാം ഭാഗവതത്തിലെ ഇത്തരം ഭാഗങ്ങൾ ഞാൻ ആവർത്തിക്കട്ടെ നല്ലവണ്ണം ശ്രദ്ധാപൂർവം പഠിച്ചു കഴിഞ്ഞാൽ ഭാഗവതം വെറും ഒരു കഥ പറയുന്ന പുസ്തകമല്ല എന്ന് മനസ്സിലാവും സ്വന്തം പിതാവിനോട് ഭഗവാൻ കാണിച്ച സമീപനം സ്വന്തം പിതാവിന് കൊടുക്കുന്ന ഉപദേശം ഇതൊക്കെയാണ് നമുക്കൊക്കെ പറയാനോ പറഞ്ഞു തരാനുള്ള ഉപദേശം ഇതിലപ്പുറൊന്നും ഭഗവാന് പറയാനില്ല അത് നാം ഉൾക്കൊള്ളാൻ തയ്യാറാവണം എന്താ ഭഗവാൻ പറയുന്നത് പറയുന്നു അച്ഛനോട് അച്ഛൻ പറഞ്ഞില്ലേ ഞാനും ഞാൻ ഈശ്വരനാണെന്ന് പരമാർത്ഥമാണ് ഞാൻ ഈശ്വരനാണെന്നത് എന്റെ ജ്യേഷ്ഠൻ നമ്മുടെ ജ്യേഷ്ഠൻ ബലരാമസ്വാമി ഈശ്വരൻ തന്നെയാണ് പക്ഷെ ഞങ്ങൾ മാത്രമല്ല ഈശ്വരൻ പിന്നെയോ അഹം യൂ എം ിമേച്ചവാരകോകസേവന്യത് ശ്രേഷ്ഠം ഹിമശ്യാസചരാചരം ആത്മാേകസ്വയം ച്യോതി നിത്യോന്യോ നിർഗുണോ ഗുണീ അഹം ഞാനീശ്വരൻ തന്നെയാണ് തർക്കമില്ലാത്ത കാര്യം യൂയം അവിടുന്നും ഈശ്വരനാണ് സ്വന്തം പിതാവിന്റെ മുഖത്ത് നോക്കി ഭഗവാൻ പറയാണ് അവിടെ നിന്നും ഈശ്വരനാണ് അസൗകാര്യ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഈ ബലരാമസ്വാമി ഈശ്വരനാണ് എന്തിനേറെ ഏ യുശ്രേഷ്ഠ യുവംശത്തിൽ ശ്രേഷ്ഠനായിരിക്കുന്ന പിതാവെ അവിടുന്ന് വിമർശ്യ നല്ലവണ്ണം വിചാരം ചെയ്താലും ചിന്തനം ചെയ്താലും വിവേകത്തിലൂടെ ചിന്തിച്ചാലും ഭഗവാന് നമ്മളോടൊക്കെ പറയാനുള്ളൊരു കാര്യം വിചാരം ചെയ്യൂ വിമർശ്യ വിമർശ്യ എന്ന് പറഞ്ഞാൽ വിചാരം ചെയ്യ വിമർശ്യ എന്നുള്ളത് മലയാളത്തിന് ഒരാളെ നിന്ദിക്കുന്നതിന് വിമർശനം എന്ന് പറയും പരിഹസിക്കുന്നതിന് വിമർശനം എന്ന് പറയാം ഒരാളെ ചോദ്യം ചെയ്യുന്നതിന് വിമർശനം എന്ന് പറയും എന്താ സംസ്കൃതത്തിൽ വിമർശനം എന്ന് പറഞ്ഞാൽ വിചാരം ചെയ്യുക ചിന്തിക്കുക എന്നാണ് അർത്ഥം നിങ്ങൾ ഭഗവത്ഗീത എടുത്ത് പഠിക്കുമ്പോഴും പതിനെട്ട് അധ്യായങ്ങളിലൂടെ ഏറെക്കുറെ അറുന്നൂറോളം ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ വ്യത്യസ്ത രീതിയിൽ ഉപദേശമൊക്കെ കൊടുത്തതിനു ശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിൽ അവസാനം ഭഗവാൻ അർജുനോട് പറയും ഇത്രയും നേരം ഞാൻ നിനക്ക് പലതും പറഞ്ഞെന്നില്ലേ അതുകൊണ്ട് ജ്ഞാനം ഗുഹ്യതമം ഏതൽ ഇതൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞെന്നില്ലേ അതുകൊണ്ട് അർജുന ഇനി നീ എന്ത് ചെയ്യണം വിമർശയേ അശേഷേണ നീ വിമർശനം ചെയ്താലും ചിന്തനം ചെയ്താലും എന്നിട്ട് യഥാ ഇച്ഛസിത്തതാ ഗുരു എന്നിട്ട് നിനക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ നീ ചെയ്തോളൂ ഭഗവാനും അതൊക്കെ നമ്മളോട് പറയാനുള്ളൂ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോളൂ എന്നാണ് എന്ന് എന്ന് വെച്ചാൽ എന്താണ് നമ്മളെ ഉയർത്താൻ നമുക്ക് മാത്രമേ സാധിക്കുകയൂ അല്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞാൽ മതിയിരുന്നു ഞാൻ അച്ഛനെ ഉയർത്തിക്കൊള്ളട്ടോ അച്ഛൻ വിഷമിക്കേണ്ട വേദനിക്കേണ്ട അച്ഛന്റെ എല്ലാ കാര്യങ്ങളും ഹൺഡ്രഡ് പെർസെന്റ് എഴുതി ഒപ്പിട്ട് തരാം അങ്ങനെയൊക്കെ ഭഗവാൻ പറഞ്ഞിരുന്നു ഇല്ല അച്ഛൻ പറ അച്ഛനോട് പറയുന്നത് അഹം യൂയം അസൗവാര്യ ഇമേച്ചവാരകൗകസ ഈ ദ്വാരകയിലിരിക്കുന്ന എല്ലാവരും എന്തിനേറെ അച്ഛ സർവീപി ഈ പ്രപഞ്ചത്തിലുള്ള സകലരും സർവീഫി ഇവിടെയുള്ള എല്ലാവരും എ യതിശ്രേഷ്ഠ വിമൃശ്യ നല്ലവണ്ണം വിചാരം ചെയ്യൂ എല്ലാവരും ആത്മാ ഹി ഏക ഒരേ ആത്മസ്വരൂപങ്ങൾ സ്വരൂപം തന്നെയാണ് എന്നിലെത്ര ഈശ്വരത്തോണ്ടോ അത്രയൊക്കെ അച്ഛനിലും ഉണ്ട് അത്രയൊക്കെ ബലരാമസ്വാമിയിലും ഉണ്ട് അത്രയൊക്കെ എല്ലാവരിലും പക്ഷെ ഞാനും നിങ്ങളും മനസ്സിന്റെ തലത്തിൽ ജീവിക്കുന്നത് മനസ്സിന്റെ വികാരങ്ങൾ നമ്മളെ എളുപ്പം വീഴ്ത്തുന്നു ശരീരം തളരുമ്പോ മനസ്സ് തളർന്നു മനസ്സ് തളരുമ്പോ ശരീരം തളരുന്നു എന്നാൽ ഇത്തിരി വിവേകത്തോടുകൂടി വിചാരത്തോടുകൂടി ജീവിക്കാൻ സാധിച്ചാൽ വികാരങ്ങൾ വരട്ടെ കാമം വരട്ടെ ക്രോധം വരട്ടെ എല്ലാ വികാരങ്ങളും മനുഷ്യന് ആവശ്യമുണ്ട് അല്ലെങ്കിൽ പിന്നെ പ്രകൃതി ഇങ്ങനെയൊന്നും ആവശ്യമില്ലല്ലോ എല്ലാ വികാരങ്ങളും വേണം നമുക്ക് പക്ഷെ ആ വികാരങ്ങളിലൂടെ പോകുമ്പോഴും വിവേകത്തിന്റെ ദാളം തിരികുണത്തിക്കൊണ്ട് പോകാൻ സാധിച്ചാൽ നമുക്ക് വികാരത്തിലൂടെയും വിവേകത്തിലൂടെയും ജീവിക്കാൻ സാധിക്കും ഒരു കുട്ടി തെറ്റ് ചെയ്യുന്നത് കണ്ടുകഴിഞ്ഞാൽ അമ്മ ചിലപ്പോ ദേഷ്യം വന്നിട്ട് ദേഷ്യം കാണിക്കും ഡേ നീ നിനക്ക് രണ്ടെണ്ണം പൊട്ടിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ മുഖമൊക്കെ കൂടി മാറും ദേഷ്യത്തിന്റെ ഭാവം കാണിക്കേ സമയത്ത് അടുത്ത വീട്ടിൽ ഒരാൾ വന്നിട്ട് അമ്മയോട് ഒരു കാര്യം ചോദിക്കണം എന്താ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അതേ മുഖഭാവം വെച്ച് അമ്മ സംസാരിക്കൂ നമുക്കറിയാം മൂട് മാറ്റാൻ നമുക്കറിയാം വീട്ടിലുള്ള ഓരോ അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ നമുക്ക് കാണാം രാവിലെ തന്നെ ചിലപ്പോൾ വീട്ടിൽ ഭർത്താവും ഭാര്യയിട്ട് എന്തെങ്കിലും നിസാര കാര്യത്തിലൊക്കെ തെറ്റു എന്തെങ്കിലും രാവിലെ ചട്നി അരയ്ക്കാൻ നാളികേരം ഉണ്ടാവില്ല അല്ലെങ്കിൽ പച്ചക്കറി ഉണ്ടാവില്ല അതൊക്കെ അദ്ദേഹം വൈകുന്നേരം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല എന്തെങ്കിലും ഒരു സംഗതി ചായപ്പൊടി ഉണ്ടാവില്ല പഞ്ചസാര ഉണ്ടാവില്ല ഇതൊക്കെ രാവിലെ ഓർമ്മ ഉണ്ടാവും അങ്ങനെ അവിടെ വെച്ച് ബഹളം വയ്ക്കുമ്പോൾ എന്റെ തലയിലെഴുത്താണ് നിങ്ങളെ കെട്ടിയത് അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിധി വേണോ അച്ഛൻ എത്ര എത്ര നല്ല ആലോചന കൊണ്ടുവന്നാണ് അതൊക്കെ ഒഴിവാക്കിയിട്ട് തലയിൽ എന്റെ ജീവിതമായിപ്പോലല്ലോ എന്നൊക്കെ പറഞ്ഞ് രാവിലെ തന്നെ തുടങ്ങും ഉടൻ അദ്ദേഹം തുടങ്ങും എന്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു കാര്യമാണ് നീ എന്റെ ജീവിതത്തിന്റെ തലയിൽ വന്നു എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അടുത്ത വീട്ടിലെ അമ്മ വന്നിട്ട് നോക്കൂ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് പറയുമ്പോ ഇവരാ ദേഷ്യത്തിൽ അവരെ മുന്ന് പോവോ ഏട്ടൂല ആ മനസ്സ് അപ്പോഴേക്കും മാറിയിട്ടുണ്ടാവും എന്നിട്ടാ അടുത്ത വീട്ടിലെ അമ്മ എന്താ കല്യാണീ നീ വന്നത് എപ്പോഴാ നീ വന്നത് എന്താ നിനക്ക് വേണ്ടത് ചോദിക്കും ഭർത്താവ് ഞെട്ടിപ്പോവും എന്നോട് ഇങ്ങനെയൊക്കെ വലിയ ദ്വേഷ്യത്തിൽ സംസാരിച്ച് ഇവിടെ ഇത്രയും വേഗം മനസ്സ് മാറ്റിയിരിക്കുന്നു അല്ലെ എമ്മൂട് മാറ്റാൻ നമുക്ക് സാധിക്കും ഏതൊരാളോടും അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം വിവേകമാണ് നമ്മുടെ ശക്തി വികാരങ്ങൾ വരും അത് നമ്മൾ അസ്വസ്ഥരാക്കും കുഴപ്പങ്ങൾ ഉണ്ടാക്കും വിവേകത്തിന്റെ ഒരു അഗ്നി നമുക്ക് കൊളുത്തിവെക്കാൻ സാധിച്ചാൽ മനസ്സിലാക്കാം നമുക്ക് തന്നെയാണ് നമ്മളെ ഉയർത്താൻ സാധിക്കുന്നത് എന്നൊക്കെ അച്ഛൻ ഉപദേശം കൊടുത്തു അച്ഛനോട് ഇത്രയൊക്കെ പറഞ്ഞ് അച്ഛൻ ഭഗവാൻ നിർത്തി ആ സമയത്ത് ഇതൊക്കെ കേട്ടാലും വളരെ വളരെ പ്രയാസമാണ് ഉൾക്കൊള്ളാൻ അമ്മ ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ് ഗുരുവിന് നഷ്ടപ്പെട്ടു പോയ പുത്രനെ നീ കൊടുത്തില്ലേ ഉണ്ണി ഈ അമ്മയ്ക്കും ആറ് പുത്രന്മാരെ നഷ്ടപ്പെട്ടിട്ടുള്ളേ എനിക്കും അവരേക്കൊന്ന് കാണാൻ മോഹണ്ട് ഒന്ന് കാണിച്ചു തന്നോളി ഉണ്ണി എന്ന് പറഞ്ഞപ്പോ പിന്നെ ഭഗവാൻ ഉപദേശിക്കാൻ പോയില്ല ചിലരൊന്നും ഭഗവാൻ ഉപദേശാ നേരെയാവില്ല എന്നറിയാം അപ്പൊ അവരെന്ത് ചോദിക്കണോ അപ്പോടുത്തു കൊടുക്കും ഭഗവാൻ കാരണം കണ്ടുപഠിക്കില്ല എന്നാ കൊണ്ടുപഠിക്കട്ടെ എന്ന് വിചാരിക്കും അതെന്തെങ്കിലൊക്കെ ഭഗവാൻ തരുന്നു എങ്കിൽ അപ്പൊ മനസ്സിലാക്കുക എവിടെയോ ഭഗവാൻ കൊണ്ടുവച്ചിട്ടുണ്ട് കാര്യങ്ങളെന്നൊക്കെ അങ്ങനെ ആ കുട്ടികളെയൊക്കെ മഹാബലിയുടെ ലോകത്തിലായിരുന്നു അവരൊക്കെ അപ്പൊ തല്ലിക്കൊല്ലാൻ കാരണം ഹിരണ്യകശിപൂന്റെ മക്കളായിട്ട് ജനിച്ചവരാ അന്ന് പ്രഹ്ലാദം പറഞ്ഞതൊന്നും കേട്ടില്ല അപ്പൊ അതിന്റെ ശിക്ഷ കൊടുത്തത് കംസനിലൂടെയാണ് നോക്കണേ ഒക്കെ പാറയുടെ മുകളിൽ അടിച്ചിട്ടൊക്കെ കൊല്ലേണ്ടി വന്നു എന്ന് പറയുന്നു ഇപ്പൊ വെച്ചിട്ട് ഭഗവാൻ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ലെങ്കിൽ അടുത്ത ജന്മം നമ്മൾ ജനിക്കവല്ല കശാർത്തുകാരന്റെ വീട്ടിലായിരിക്കും പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ ജീവിതം കാണേണ്ടി വരും എന്ന് പറയാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ കൊണ്ടുവന്നു അമ്മയുടെ അടുത്ത് കൊടുത്തു അമ്മ അപ്പോഴേക്കും പ്രേമാധിക്യത്താൽ മുലപ്പാൽ ചുരുന്നു ആ മുലപ്പാൽ അവർ കഴിച്ചതും അവരൊക്കെ പിന്നീട് സ്വർഗത്തിലേക്ക് പോയി എന്നാണ് കഥ അതായത് എപ്പോ ഭഗവാനുമായിട്ടുള്ള സമ്പർക്കം വന്നുവോ അവരൊക്കെ അതോഗതിയിൽ നിന്ന് സദ്ഗതിയിലേക്ക് വരുന്നു എന്നുള്ളത് ഈ കഥയിലൂടെ നമ്മളെ കാണിക്കുകയാണ് ഭഗവത് സമ്പർക്കം വന്നു കഴിഞ്ഞാൽ ആർക്കും ദുർഗതിയും അതോഗതിയും ഇല്ല പരമാർത്ഥത്തെ ഈ കഥയിലൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പിന്നീട് അടുത്ത രണ്ടു വാഖ്യാനങ്ങളാണ് സുഭദ്രാഹരണവും അതുപോലെ സന്താനഗോപാലം കഥയും സുഭദ്രാഹരണം വളരെ രസകരായിട്ടുള്ളൊരു കഥയാണ് ഭാഗവതത്തിൽ വളരെ വളരെ കുറച്ചേ പറയുന്നു എന്നാലത് കേൾക്കുമ്പോൾ രസമാണ് മഹാഭാരതത്തിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് ആ കഥ പറയും ഒരിക്കൽ പാണ്ഡവന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ദുര്യോധനൻ അരക്കില്ലം പണിയും അങ്ങനെ അരക്കില്ലത്തിൽ വരെ താമസിക്കുന്ന കാലം വിധുരൂടെ മനസ്സിലാക്കും ഇത് കത്തിച്ച് കളയാനുള്ള വീടാണ് അതിൻ്റെ ഉള്ളിൽപ്പെട്ട ചാവെന്ന് അതുകൊണ്ട് എത്രയും വേഗം രക്ഷപ്പെടണമെന്ന് രഹസ്യ അറകൾ ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെടും കാട്ടിൽ കുറെ വൃദ്ധന്മാരായിട്ടുള്ള ആദിവാസികളുടെ എന്തായാലും മരിക്കാനായിട്ടുണ്ട് അവര് അവരഞ്ചു പേരെ പിടിച്ചു കൊണ്ടുവന്ന് ഇതിനകത്ത് രാത്രിക്ക് രാത്രി ദുര്യോധനന്റെ ദൂതന്മാര് വന്നിട്ട് ഇതിന് തീക്കൊടുക്കും പാണ്ഡവന്മാര് കാട്ടിലേക്ക് രക്ഷപ്പെടും പിറ്റേ ദിവസം വന്നു നോക്കുമ്പോൾ ആറ് അസ്ഥി കൂടങ്ങൾ കാണും അഞ്ച് അസ്ഥി കൂടങ്ങൾ അവർക്ക് മനസ്സിലായി പാണ്ഡവന്മാര് മരിച്ചു ലഞ്ചത്തടിയും ആർപ്പും വിളിയും വിതുര ദേവിയോട് പറഞ്ഞു ദേവി കരഞ്ഞോളൂ പക്ഷെ സത്യം മനസ്സിലാക്കിക്കോളൂ അവർ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നും കുന്തി ദേവി ഇങ്ങനെ അഭിനയിച്ചു കരച്ചിലൊക്കെ ഇതൊരു ഭാഗത്ത് നടക്കുമോ പാണ്ഡവന്മാര് കാട്ടിലിങ്ങനെ വേഷം മാറി നടക്കുകയാണ് അപ്പോഴാണ് വിദർഭാധിപതിയുടെ മകളായിരിക്കുന്ന പാഞ്ചാലിയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത് അവിടെ പാഞ്ചാലിയുടെ വിവാഹത്തിനു വേണ്ടി എല്ലാ രാജാക്കന്മാരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഭഗവാൻ കൃഷ്ണനും വന്നിട്ടുണ്ട് അർജുനൻ വേഷം മാറിക്കൊണ്ട് അങ്ങോട്ട് പോയി ആരും ആരും അറിയാത്ത വേഷമൊക്കെ കിട്ടിയിട്ട് അപ്പൊ അവിടെ ചെല്ലുമ്പോഴോ ആളെ നോക്കിയിട്ടല്ല കല്യാണം പണ്ട് ആളെ നോക്കിയിട്ടൊന്നുമല്ല കല്യാണം പണ്ട് മത്സരങ്ങൾ വയ്ക്കും ആരാണോ ജയിക്കുന്നത് അവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും അപ്പൊ എന്താ മത്സരം ഒരു വൃക്ഷത്തിന്റെ മുകളിലൊരു പക്ഷിയുടെ രൂപം താഴെ ഒരു പാത്രത്തിൽ വെള്ളവും വെച്ചിട്ടുണ്ട് ആരാണോ താഴെയുള്ള പാത്രത്തിൽ കാണുന്ന വെള്ളത്തിൽ കാണുന്ന നിഴലിലേക്ക് നോക്കിക്കൊണ്ട് മുകളിലേക്ക് അസ്ത്രമേത് ആ പക്ഷിയെ വീഴ്ത്തുന്നത് അവർക്ക് പാഞ്ചാലിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും അപ്പൊ അന്നൊക്കെ അങ്ങനെയാണ് രാജാക്കന്മാർ ഓരോ പരീക്ഷണങ്ങൾ ചെയ്തിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്ക് പലരും വന്നു അസ്ത്രം അവർ നോക്കൊരു ഭാഗത്തേക്ക് അസ്ത്രം നമ്മുടെ സാറ്റലൈറ്റ് പോകുന്ന പോലെ ഇപ്പൊ ഭാഗ്യത്തിന് കൃത്യമായിട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ച ഒരു സ്ഥലമാവും വീഴുന്ന അറബിക്കടലിലാവും ഇപ്പൊ അത് കറക്റ്റായിട്ട് പോകുന്നുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും അസ്ത്രമേണ്ട് അതോരോ ദിക്കിലേക്ക് പോകുന്നുണ്ട് അവസാനം അർജുനന്റെ ഊഴം വന്നു കൃത്യമായിട്ട് ആ പക്ഷി വീട്ടി ഭഗവാൻ കൃഷ്ണൻ അപ്പോഴേ മനസ്സിലായി അർജുനനാണെന്ന് അടുത്തതെന്ന് ചോദിച്ചാൽ എന്ന് പിന്നെ പറ ഭഗവാൻ ലോകിയൊന്നും അടിച്ചില്ല കാരണം ആർക്കും പരിചയം വേണ്ട എന്നുള്ള രീതിയിൽ അതിനുശേഷം പാണ്ഡവന്മാര് ജീവിച്ചിരിക്കുന്നുണ്ടെന്നും പാഞ്ചാലി വിവാഹം കഴിച്ചിരിക്കുന്നത് കല്യാണം കയമായിട്ട് നടത്തണമല്ലോ അങ്ങനെ നടത്താൻ വേണ്ടിയൊക്കെ നിശ്ചയിച്ച് അപ്പോഴേക്ക് എല്ലാവർക്കും മനസ്സിലായി പാണ്ഡവന്മാർക്കൊന്നും പറ്റിയിട്ടില്ല കാര്യം അങ്ങനെ അവരെ കൂട്ടിക്കൊണ്ടുവരികയാണ് പാഞ്ചാലിയെ കൂട്ടിക്കൊണ്ടുവരികയാണ് അസ്ഥിനപുരത്തിലെത്തിയപ്പോ കുന്തി ദേവി ധ്യാനത്തിലിരിക്കണ്ട് അമ്മയോട് ചെന്ന് അർജുനൻ പറഞ്ഞു അമ്മയൊരു സാധനം കിട്ടിയിട്ടുണ്ടെന്ന് ഉടനെ അമ്മ പറഞ്ഞു അഞ്ചുപേരും തുല്യമായിട്ട് പങ്കിട്ടോളൂ എന്ന് പറഞ്ഞു അമ്മ ഇത് അങ്ങനെ പങ്കെടുക്കാൻ പറ്റിയ സാധനമല്ലാതെ ഒരു ഭാര്യയാണ് പെണ്ണാണ് എന്റെ വാക്കുകൾ ഏതായാലും തെറ്റേണ്ട അഞ്ചു പേർക്കും ഭാര്യ ഇരിക്കട്ടെ പാഞ്ചാലി എന്ന് അങ്ങനെ ലോകചരിത്രത്തിലാക്കിയിട്ട് ഒരു സ്ത്രീ അഞ്ചു പേരുടെ ഭാര്യ ഇട്ടിരുന്നു പ്രിയം അപ്പൊ അർജുനൻ തന്നെ അവരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു പാണ്ഡവാരോട് പറഞ്ഞു ഒരാള് എല്ലാവരും കൂടി അഞ്ചു പേരും കൂടി പാഞ്ചാലി ഒരുമിച്ച് മാനേജ് ചെയ്യേണ്ട അത് അപകടത്തിലേക്കാവും അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ചില വ്യവസ്ഥകൾ വെക്കുകയാണ് എന്താ വ്യവസ്ഥ ഓരോ വർഷം പാഞ്ചാലി ഓരോരുത്തരുടെ കൂടെ താമസിക്കുക അങ്ങനെ ആ സമയത്ത് അവർ കഴിയുന്ന സമയത്ത് അവരാരും ഡിസ്റ്റേർബ് ചെയ്യാൻ പാടില്ല ആരെങ്കിലും അവരെ ഡിസ്റ്റേർബ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ശിക്ഷ അധികമൊന്നുമില്ല ഇരുപത്തൊന്ന് ദിവസം തീർത്ഥാടനം ഒന്ന് കറങ്ങി വരിക അവർ ശിക്ഷ ഉണ്ടെങ്കിൽ പിന്നെ ഗുരുത്തക്കേട് പിന്നെ കാണിക്കില്ല പാണ്ഡവന്മാർക്കെല്ലാം സമ്മതം ഓ കുഴപ്പമില്ല പറഞ്ഞു പക്ഷേ തീർത്ഥാടനം മിക്കവാറും കിട്ടിയത് എന്ന് വെച്ചാൽ അർജുനൻ ഈ പറഞ്ഞ ഒക്കത്തെത്തിക്കും ആരുടെങ്കിലും കൂടെ പാഞ്ചാലി ഇരിക്കുമോ ചെന്ന് ചോദിക്കും ഏ പാഞ്ചാലി പിന്നെ പാഞ്ചാലി ഇരിക്കും ആര്യപുത്രൻ എപ്രാവശ്യം എവിടേക്കാണ് ടൂറ് പോകണതെന്ന് അർജുനന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യാത്ര പോവും അതിന്റെ ഇടയ്ക്കാണ് ഒരിക്കൽ യാത്ര പോയപ്പോഴാണ് ഒരു സ്ഥലത്ത് വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ബലരാമസ്വാമിയുടെയും സഹോദരി സുഭദ്രയുടെ വിവാഹത്തെക്കുറിച്ച് കേൾക്കണത് സുഭദ്രയോട് ചെറുപ്പത്തിലെ അർജുനൻ ഒരു അനുരാഗണ്ട് സുഭദ്രയ്ക്ക് തന്നോടതുണ്ടോ എന്നൊട്ട് അറിയൂല സുഭദ്രയുടെ കല്യാണം ഭഗവാൻ ബലരാമസ്വാമി മഗതയിൽ ഇരിക്കുമ്പോൾ ദുര്യോധൻ വിവാഹം കഴിച്ചു കൊടുക്കണം നിശ്ചയിച്ചു കാരണം തന്റെ ശിഷ്യനാണ് ദുര്യോധനൻ അപ്പൊ ഇപ്പോൾ ദുര്യോധനുമായിട്ട് കല്യാണം നടക്കണമെന്ന് കേട്ടപ്പോൾ അർജുനന്റെ മനസ്സാകെ വേദനിച്ചു എന്തെങ്കിലും ഇതിനൊരു പോവഴി ചെയ്യണം അർജുനൻ ആലോചിക്കാൻ എന്താ പോവഴി നേരെ ദ്വാരകയിലേക്ക് ചെന്നിട്ട് സുഭദ്രയെ വിളിച്ചിരുന്നു സുഭദ്ര വരും അർജുനാ വിളിക്കണത് വരുമെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക അർജുനന്റെ പേടി സുഭദ്രയ്ക്ക് വാരം ബലരാമസ്വാമി ഗതയായിട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ അത് അവസാനത്തെ വിളിയായിരിക്കും അപ്പൊ അത് നടക്കില്ല ബലരാമസ്വാമിയുടെ ശക്തിയും കഴിവും അറിയുന്ന ആളാണ് അർജുനൻ എന്ന ഒരു കാര്യം രാത്രിയിൽ മതിൽ ചാടിയൊക്കെ പോയിട്ട് വിളിച്ചുകൊണ്ടുവന്നാലോന്നു സുമുദ്രയുടെ മുറിയിലൊക്കെ ചെന്ന് വാതിലൊക്കെ എന്നിട്ട് സുമുദ്ര വിളിച്ചാലോ അപ്പോഴും പേടി അറിയാതെ കാരണം മുറിയാണ് വാതിൽ തൊട്ട് മുറിച്ചതെങ്കിൽ വിളിച്ചതെങ്കിൽ അങ്കോഹര ഇറങ്ങി വന്നു വെച്ചാൽ തന്നെ പടി അപ്പൊ അതൊന്നും നടക്കുന്ന കാര്യമില്ല വേറെ വല്ല പോകുമ്പോഴിയുണ്ടോ ഇതിങ്ങനെ ആലോചിക്കുമ്പോഴാണ് അർജുനന് തോന്നിയത് രാവണൻ ഒപ്പിച്ച പണി എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നാൽ രാവണൻ ഒപ്പിച്ച് സന്യാസ് വേഷം കിട്ടുക എന്നിട്ട് അവിടെ ചെല്ലുക എന്നാൽ അത് എളുപ്പായിരിക്കുന്നു അങ്ങനെ അർജുനൻ നല്ല കാവുകുണ്ടൊക്കെ വാങ്ങിച്ചു ഒന്ന് പുതച്ചു പേടിയുണ്ട് കുറേ രുദ്രാക്ഷമാലൊക്കെ വാങ്ങിച്ചു ധരിച്ചു കയ്യിലും മറ്റും നിറയെ ഭസ്മം കയ്യെങ്ങാനും കണ്ടുകഴിഞ്ഞാൽ സന്യാസിയാണ് തോന്നില്ല കാരണം നിറയെ അമ്പൊക്കെ ഉപയോഗിക്കുന്ന ആളല്ലേ അതിന്റെയൊക്കെ തഴമ്പുകളൊക്കെ ഉണ്ട് ഏതായാലും അർജുനൻ വേഷം മാറിക്കൊണ്ട് സമന്തപഞ്ചക തീർത്ഥത്തിലെത്തി യോഗ്യനായിട്ടുള്ള ഒരു സന്യാസി വര്യൻ അവിടെ ചേർന്നിട്ടുണ്ട് എന്ന് ദ്വാരകാവാസികൾ ബലരാമസ്വാമിയോട് പറഞ്ഞതും കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞ ബലരാമസ്വാമി അങ്ങനെ അർജുനൻ ദ്വാരകയിലെത്തി ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോ ബലരാമസ്വാമി കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ ഒരു യോഗ്യനായിട്ടുള്ള മഹാത്മാവ് വന്നിട്ട് ഒന്നുപോയി നമസ്കരിക്കുകയാണ് ബലരാമസ്വാമിക്ക് സന്യാസി എന്ന് കേട്ടാൽ അപ്പം ചെല്ലും നീണ്ടെന്ന് പറഞ്ഞൊരു നമസ്കാരം ആരാവട്ടെ എന്താവട്ടെ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് പണ്ട് സൂതനെ വധിച്ചതിന് ശേഷം അദ്ദേഹം പ്രായച്ചിത്തം പോലെ ഇത് കൊണ്ടു നടക്കാറുണ്ട് അതിനൊരു കഥ ഉണ്ട് ഭാഗവതത്തിന് അപ്പോ അങ്ങനെ ഭഗവാനോട് പറഞ്ഞു ഭഗവാൻ അറിയാമല്ലോ ഈ വന്നിരിക്കുന്ന കള്ളാൻ അർജുനനാണെന്നുള്ളത് ഭഗവാൻ പറഞ്ഞു പോവാൻ ജ്യേഷ്ഠം പോയിക്കോളൂ ഞാൻ പിന്നെ വരാമെന്ന് അല്ലല്ല കൃഷ്ണൻ കൂടെ വരണം നമുക്ക് ഒരുമിച്ച് പോവാന്ന് അതിന് രണ്ടുപേരും കൂടി പോവും തലരാമസ്വാമി നീണ്ടതുവരെ നമസ്കരിക്കും ഭഗവാൻ മാറി നിൽക്കും അർജുനൻ ഒന്ന് കള്ള കണ്ണിട്ട് നോക്കും കൃഷ്ണനെ തലരാമസ്വാമി ഇങ്ങാനും അറിയാണ്ട് ഞാൻ അർജുനനാണെന്ന് അറിഞ്ഞു അപ്പ ഗത കൊണ്ട് ഒന്ന് കിട്ടും പണി അതോടുകൂടി തീരും അത് കഴിഞ്ഞ് ബലരാമസ്വാമി കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ നമസ്കരിക്കും യോഗ്യനാണ് മഹാത്മാവാണെന്ന് ഭഗവാൻ പറഞ്ഞു വേണം ഈ കുരുത്തം തന്നെ നമസ്കരിക്കല് എന്റെ ജീവിതത്തിൽ ഇവനെ നമസ്കരിക്കാനുള്ള ഒരു തലയെഴുത്തിണ്ടോ അങ്ങനെ ഭഗവാൻ നിർത്തില്ലോ ജ്യേഷ്ഠമല്ലേ നമസ്കരിച്ചു നമസ്കരിക്കുന്ന സമയത്ത് കാലൊന്ന് പിടിച്ചു കുലിക്കി കള്ള നിന്നെ മനസ്സിലായിട്ടുണ്ട് നീ അറിയില്ല എന്ന് വിചാരിക്കേണ്ട ഉടനെ അർജുനന് പേടി രണ്ട് കൈയെടുത്തിട്ട് ശിരസിൽ വെച്ചിട്ട് പറഞ്ഞു ചതിക്കല്ലേ കൃഷ്ണ ആ ബലരാമസ്വാമിയുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയാൽ ജീവൻ അവിടെ വെച്ച് തീരുന്നു ഏതായാലും ഭഗവാൻ പറഞ്ഞു ജ്യേഷ്ഠ ശരി നമുക്ക് പോവാൻ അല്ല കൃഷ്ണ ഒന്ന് ചോദിക്കണ്ടേ ആരായി എന്താ എപ്പോഴാ വന്നത് എങ്ങോട്ടാ പോണത് ഇതൊക്കെ അവരായി അവരുടെ പാട ഇന്ദ്ര നമ്മളൊക്കെ ചോദിക്കുന്നത് അല്ല കൃഷ്ണ ഒന്ന് ചോദിക്കണം എന്ന് മാത്രമല്ല സുഭദ്രയുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചാലേ ഒന്ന് വീട്ടിലൊക്കെ കൊണ്ടുപോയി കൊട്ടാരത്തിൽ കൊണ്ടുപോയി ആ സുഭദ്രയെ കൊണ്ടൊക്കെ കൊടുക്കാൻ സാധിച്ച അവൾക്കൊരു ഭാഗ്യം കിട്ടില്ലേ അതൊരു ഭാഗ്യമല്ലേ അവൾക്ക് വേണ്ട ജ്യേഷ്ഠം ഒന്നാമത് ഇന്നത്തെ കാലത്ത് സന്യാസിമാരെ വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് വേണ്ടാത്ത ഒന്നും ജ്യേഷ്ഠം ചെയ്യേണ്ട കൃഷ്ണ പറയാൻ പാടില്ല സന്യാസിമാരെക്കുറിച്ച് എന്നൊക്കെ പറഞ്ഞ് ബലരാമസ്വാമിനെ ചോദിച്ചു അവിടുന്ന് എങ്ങോട്ടാവോ എപ്പോഴാവോ ഇവിടെ വന്നിട്ടുണ്ടാവുക എന്തിനാവോ വന്നിട്ടുണ്ടാവൂ എന്നൊക്കെ വിനയത്തിൽ ചോദിച്ചപ്പോൾ അർജുനൻ കണ്ണൊക്കെ അരച്ചിട്ട് കണ്ണു പറഞ്ഞ മനസ്സിലാവും അർജുനനാണെന്നുള്ളത് കണ്ണടച്ചിട്ട് പറഞ്ഞു ചാതുർമാസിയാണല്ലോ അതുകൊണ്ട് ചാതുർമാസി കാലം കഴിച്ചു കൂട്ടാൻ വേണ്ടി വന്നതാ വേറെ മോഹമൊന്നുമില്ല എവിടെങ്കിലും ഒന്നും ഇരുന്ന് ഭജനം ചെയ്യണമെന്ന് ഇത് കേട്ടതും ബലരാമസ്വാമി അവർ ഇന്ന കൊട്ടാരത്തിൽ തന്നെയാവാന്ന് ഒരു നാല് മാസം അവിടെയും താമസിച്ചോളൂ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിത്തരാം അതും സുഭദ്രയുടെ മുറിയിൽ അടുത്തു തന്നെ കൃഷ്ണ ഏർപ്പാടാക്കിക്കൊള്ളൂ ഉടനെ ഭഗവാൻ ചോദിച്ചാൽ അത്രയും വേള അതൊക്കെ ഞാനാ നിശ്ചയിക്കുന്നത് കൃഷ്ണനൊക്കെ ചെയ്താൽ മതി എന്നാ എന്റെ ഏട്ടന്റെ ഇഷ്ടം എന്താ വച്ചാൽ ആളാവട്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയി ഭഗവാൻ ഇങ്ങനെ ഇടയ്ക്ക് നോക്കും കള്ളാ വേണ്ടാത്ത ഒന്നും ഒപ്പിക്കേണ്ട ആ ബലരാമസ്വാമിയുടെ തല്ലുകിട്ടേണ്ടി വരും അപ്പൊ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ അർജുൻ സന്യാസിയിട്ട് കൊട്ടാരത്തിൽ താമസിക്കുന്നു തൊട്ട അടുത്ത മുറിയിൽ സുഭദ്ര ബലരാമസ്വാമി സുഭദ്ര വിളിച്ചിട്ട് പറഞ്ഞു തേ സുഭദ്ര നീ തന്നെ നോക്കണ കാര്യങ്ങളൊക്കെ രാവിലെ അദ്ദേഹത്തിന് കൊടുക്കണം ഹോർലിക്സ് കൊടുക്കണം വേണ്ട വേണ്ട രീതിയിലൊക്കെ കൊടുക്കണം എന്നൊക്കെ സുഭദ്ര ഏർപ്പാടാക്കി സുഭദ്ര അത് കൃത്യമായിട്ട് കൊണ്ടു കൊടുക്കും ഒരു ദിവസം സുഭദ്ര വെച്ചു അങ്ങിങ്ങനെ തീർത്ഥാടനം ചെയ്യുന്നതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും കുന്തി ദേവിയെ കാണാൻ ഇടവന്നുണ്ടോ അർജുനൻ പറഞ്ഞു പലപ്പോഴും കാണാൻ ഇടവന്നുണ്ട് കാണാൻ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അമ്മയല്ലേ ഓഹോ കണ്ടിട്ടുണ്ടല്ലേ അപ്പൊ അവരുടെ മക്കളാണല്ലോ പാണ്ഡവന്മാര് അതെ അവരെ അറിയോ ഓ അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ ഓ നല്ലോണം അറിയുന്നു അപ്പൊ അവരില് മൂന്നാമത്താണ് അർജുനൻ എന്ന് പറയുന്ന ആള് അയാളെപ്പോഴും സന്യാസിയെ തെണ്ടിതിരിഞ്ഞ് നടക്കുകയാണോന്ന് ഇത് കേട്ടതും അർജുനൻ ഷോക്ക് കേട്ടതുമില്ലേ ഞാൻ സന്യാസി ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ യാത്രയും ചെയ്ത് നടക്കാതാണ് ചോദിക്കുന്നത് അപ്പോഴേക്കും അർജുന്റെ ഉള്ളിന്റെ ഉള്ളെന്ന് പറഞ്ഞു ഇവൾക്ക് എന്നോട് സ്നേഹമില്ലെങ്കിൽ അവൾ അർജുനനെടുത്ത് ചോദിക്കില്ലല്ലോ അല്ലെ ഭീമൻ ഇങ്ങനെ കറങ്ങി വിളിക്കണ്ടോ ചോദിച്ചാൽ എന്നോട് സ്നേഹം കൊണ്ടാ ചോദിച്ചൻ ഉണ്ട് സുഭദ്രയോട് പറയാണ് ഞാനാണ് ആ സന്യാസി നടക്കണ അർജുനന് അപ്പോഴേക്കും സുഭദ്രയ്ക്ക് നാണം വന്നു പിന്നെ സുഭദ്ര ഓടി അവിടുന്ന് ഇത്രയും ദിവസം ഞാൻ സേവിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടതും പിന്നെ സുഭദ്രയ്ക്ക് സഹിക്കാൻ പറ്റില്ല പിറ്റേ ദിവസം മുതല് സുഭദ്ര എന്തുണ്ടാക്കുമ്പോഴും ഒരു സ്പെഷ്യൽ കെയറൊക്കെ എടുക്കാൻ തുടങ്ങി പഞ്ചസാരക്കൊന്ന് കുറച്ച് കൂടുതൽ ഇടും പാലൊക്കെ കുറെ കൂടുതൽ ഒഴിക്കും ഇത് കണ്ടപ്പോ രുണി ദേവിക്ക് മനസ്സിലായി കാര്യം കുറെ അപകടത്തിലാണ് പോകണതെന്ന് രുിണി ദേവി ഒക്കെ ഉണ്ടാക്കി വെച്ചപ്പോ ദേവി പറഞ്ഞു ഇതൊക്കെ അവിടെ വെച്ചോളൂ ഞാൻ കൊണ്ടു കൊടുത്തോളാണ് അർജുനൻ ഇങ്ങനെ കാത്തിരിക്കെപ്പോ വരും കാത്തിരിക്കുകയാണ് അപ്പോഴാണ് രുിണി ദേവി കയറി വരുന്നത് അർജുനൻ ഹായ് സുഭദ്ര എന്നൊക്കെ പറഞ്ഞ് ചാടിയപ്പോ പറഞ്ഞു ഒരു കൊഞ്ചലും വേണ്ട കുഴലും വേണ്ടത് രുിണി ദേവിയാണെന്ന് എനിക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇപ്പോ ഞാൻ ബലരാമസ്വാമിയോട് ചെന്ന് കാര്യം പറയേണ്ടത് അർജുൻ കാലുപിടിച്ചത് അപേക്ഷ അയ്യോ കുഴപ്പമുണ്ടാക്കരുത് ഞാനിതേ ഞാൻ ആ സുഭദ്രയെ സ്നേഹിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ വേഷം കെട്ടിയതെന്നൊക്കെ പറഞ്ഞ് ഉടനെ സുഭദ്രാദേവി പറഞ്ഞു ഇന്ന് രാത്രി നമുക്ക് തീരുമാനമെടുക്കാം നിങ്ങളുടെ കാര്യത്തിലെന്ന് അങ്ങനെ ഭഗവാൻ കൃഷ്ണനും രുിണീദേവി എല്ലാവരും കൂടി ചേർന്ന് നിശ്ചയിച്ചു എത്രയും വേഗം ഇവരെ അവിടുന്ന് മാറ്റണമെന്ന് പിറ്റേ ദിവസം ബലരാമസ്വാമിയും കൃഷ്ണനും വസുദേവനും ദേവകി ദേവിയൊക്കെ തീർത്ഥാടനത്തിന് പോവുകയാണെന്നും രാവിലെ രഥം തയ്യാറാക്കി വയ്ക്കാമെന്നും ഭഗവാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ രഥം തയ്യാറാക്കി വെച്ചു ഭഗവാൻ ബലരാമസ്വാമി പുറപ്പെട്ട സമയം നോക്കി അർജുനൻ സുഭദ്രാദേവിയും കൊണ്ട് കളഞ്ഞു ദൂതന്മാരിലൂടെ ബലരാമസ്വാമി അറിഞ്ഞു തന്റെ സഹോദരിയെ അർജുനനാണ് തട്ടിക്കൊണ്ടുപോയത് അതിനിടയ്ക്ക് യാദവന്മാരെ വളഞ്ഞു അർജുനനെ എങ്ങനെയൊക്കെ അർജുനൻ രക്ഷപ്പെട്ടു ബലരാമസ്വാമി വന്ന് ഉച്ചത്തിൽ അലറിക്കൊണ്ട് പറഞ്ഞു എന്റെ സഹോദരിയെ ചതിച്ചുകൊണ്ടുപോയ അർജുനൻ ആരാവട്ടെ അവന്റെ തല ഞാൻ മാറ്റിക്കളയുന്നു എന്റെ സഹോദരിയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ എവിടെ സൈന്യം തയ്യാറാവുമെന്നൊക്കെ പറഞ്ഞാൽ അലറിയപ്പോ ഭഗവാൻ കൃഷ്ണൻ തടുത്തുകൊണ്ട് ചോദിച്ചു നിൽക്കുക നീ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം എനിക്കറിയാം നീ എന്നെ പറ്റിക്കുകയായിരുന്നു ഉടനെ ഭഗവാൻ പറഞ്ഞു ദൈ അപ്പോഴും അയാളെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ കൂട്ടിക്കൊണ്ടുവരാനാണ് ജ്യേഷ്ഠനല്ലേ കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്തിനാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ഇങ്ങനെ തടുത്തോണ്ട് പറഞ്ഞു അല്ലെങ്കിലും ഞാനൊന്ന് ചോദിക്കട്ടെ ജ്യേഷ്ഠൻ അവിടെ പോകുന്നു അർജുനന്റെ ഇനി രണ്ടാമത്തെ കാര്യം അർജുനനല്ല സുഭദ്രയെ അപകരിച്ചത് പിന്നെ സുഭദ്രയാണ് അർജുനൻ അപകരിച്ചത് എന്ന് വെച്ചാൽ തേരോടിച്ച് അർജുനനല്ല സുഭദ്രയാണ് അന്നേ ഞാൻ പറഞ്ഞ ഈ കുട്ടികൾ എന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കരുതെന്ന് നീയല്ലേ അവളെയൊക്കെ പഠിപ്പിച്ചത് ആരാ നിന്നോട് അവളെതൊക്കെ പഠിപ്പിക്കാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഭാളം വെച്ചപ്പോ ഭഗവാൻ പറഞ്ഞു എന്തായാലും സംഭവിക്കേണ്ട സംഭവിച്ചു ഇനിയിപ്പോ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് ഗംഭീരമായിട്ട് സ്വയംവരം നടത്തി കൊടുക്കാൻ അവിടെയാണെങ്കിലോ സുഭ്ര പാഞ്ചാലി ദേവി കാത്തിരിക്കുക ഇരുപത്തൊന്ന് ദിവസം ഇങ്ങോട്ട് പോയിട്ട് കാണാനില്ലേ അഡ്രസ് നീ കൂടിയൊന്നും അറിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുഭദ്ര പാഞ്ചാലി ദേവി ഇങ്ങനെ അതാ കടന്നു വരുന്നു സുന്ദരിയായിട്ടുള്ള സുഭദ്രാദേവി അപ്പൊ അർജുനൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പാഞ്ചാലി ദേവിയുടെ മൂക്കിന്റെ അറ്റത്താ ചുണ്ടി പെട്ടെന്ന് ദേഷ്യം വരും നീ ആരാ എന്താന്നൊക്കെ ചോദിക്കും അവിടെ കാൽക്കൽ വീണിട്ട് വേഗം പറയാൻ ഞാൻ കൃഷ്ണന്റെ സഹോദരി സുഭദ്രയാണ് എന്നാ കൂളാവളെന്ന് പാഞ്ചാലി ദേവിയുടെ കാലിൽ ചെന്ന് വീണു ചോദിച്ചു എടുത്തുകൊണ്ട് ചോദിച്ചു ആരാണ് അവിടുന്ന് ആരാണ് കുട്ടി ആരാണെന്ന് ഞാൻ ഭഗവാൻ കൃഷ്ണന്റെ സഹോദരിയാണെന്ന് പറഞ്ഞതും ആ ലിംഗനം ചെയ്തു കൃഷ്ണനെ കാണുന്നത് സുഭദ്രയെ കാണുന്നത് എന്നിട്ട് തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു നീ ഒരു ധീരനും വീരനുമായ ഒരു ശൂരന്റെ പരാക്രമിയുടെ ഭാര്യയെ തീരട്ടെ അപ്പോഴേക്ക് അർജുനൻ അങ്ങോട്ട് ചാടി വീണു അവ സുഭദ്ര പറഞ്ഞു സുഭദ്രയും നോക്കി അർജുനനെ പാഞ്ചാലിക്ക് മനസ്സിലായി സംഗതിയൊക്കെ പിന്നിൽ എന്തൊക്കെയാണ് നടന്നത് അങ്ങനെ അവർ തമ്മിൽ വിവാഹം കഴിച്ച് ഗംഭീരമായിട്ട് ആ വിവാഹം കൊണ്ടാടി എന്നാണ് കഥ പറയുന്നത് ഇതിനെയാണ് സുഭദ്ര അരണെന്ന് പറയുന്നത് ഭാഗവതത്തിലാകെ നാല് വരിയുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ചേർത്ത മസാലയ ആദ്യം പറയാം ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു രസം വേണം അപ്പം ബാക്കിയുള്ളതൊന്നും ഭാഗവതത്തിലുള്ളതല്ല പിന്നെ ഇന്ദ്രതൊക്കെ പറയുന്നത് ഒരു രസത്തിന് വേണ്ടി ഇതിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് സുഭദ്ര എന്ന ശബ്ദത്തിനർത്ഥം ജീവിതം ഭദ്രമാക്കി തിരസുഭദ്രം എപ്പോഴാണ് ജീവിതം ഭദ്രമാവ് എന്ന് വെച്ചാൽ ഭദ്രമാവ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ജീവിതത്തിൽ നമുക്ക് ധൈര്യവും ശക്തിയും ഉത്സാഹവും കിട്ടുക അതിന് രണ്ട് കാര്യങ്ങൾ വേണമെന്നാണ് എന്താണത് ഒരു കൃഷ്ണനിലുള്ള ദൃഢമായ പ്രേമം മറുവശത്ത് മരിക്കുന്നത് നമ്മുടെ കർത്തവ്യം എന്താണോ അത് ഭംഗിയായിട്ട് നിറവേറ്റുക അപ്പൊ ഒരു വശത്ത് നമ്മുടെ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ടു പോവുകയും മറുവശത്ത് ദൃഢമായ ഭഗവത് പ്രേമവും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മരണം വരെ ഉത്സാഹവും ശക്തിയും ഉണ്ടുള്ളതായിത്തീരും അപ്പൊ അവരുടെ ജീവിതം സുഭദ്രമായിരിക്കും ഭയം ദുഃഖം എന്ന് പറയുന്നത് മന മനസ്സിൽ കടന്നു വരില്ല അവര്യാണ് ഇത് രണ്ടും കൊണ്ടു നടക്കാൻ സാധിക്കണം ഭഗവത് ഭക്തി മാത്രമുണ്ടെങ്കിൽ ജീവിതത്തിൽ സുഖമില്ല ഭക്തിയും വേണം അതേപോലെ കർത്തവ്യങ്ങളും അനുഷ്ഠിച്ചുകൊണ്ടു പോകണം ഭാര്യയാവട്ടെ മകനാവട്ടെ മകളാവട്ടെ അച്ഛനാവട്ടെ അമ്മയാവട്ടെ ഉദ്യോഗസ്ഥനാവട്ടെ ആരാവട്ടെ നമ്മുടെ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് പോവുകയും ഭഗവാനിലുള്ള ദൃഢമായ പ്രേമം കൊണ്ടു നടക്കുകയും സാധിച്ചാൽ നമ്മൾ ഒരിക്കലും തളരാത്തവരായി തീരുമെന്ന് ജീവിതത്തിൽ ഈ ഒരു കഥയിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു അർജുനൻ എന്നാൽ തന്റെ കർത്തവ്യങ്ങൾ ചെയ്യുന്നവൻ അർത്ഥം കൃഷ്ണൻ എന്നാൽ പ്രേമമെന്നർത്ഥം ഈ ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഭഗവത്ഗീത ഉപസമ്മരിപ്പിക്കുന്നത് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്തോ ധനുർദ്ധര തത്ര ശ്രീ വിജയോഭൂതിർ ധ്രുവാനീതിർ മതിർമ എവിടെ യോഗേശ്വരനിലുള്ള ദൃഢമായ പ്രേമവും മറുവശത്ത് അർജുനനെ പോലെ ധനുർദ്ധരനായ അർജുനനെ പോലെ തന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠിക്കാനുള്ള ഉത്സാഹവും ഇത് രണ്ടുമുണ്ടോ തത്രേമ വിജയം നാണ് അവിടെ മാത്രമാണ് ജീവിതത്തിൽ വിജയം എന്നാണ് നാണയത്തിന് രണ്ടു വശമുള്ളതുപോലെ ജീവിത അനുഭവങ്ങൾക്ക് രണ്ടു വശമുള്ളതുപോലെ ജീവിതത്തിന്റെ പരമാർത്ഥവശത്തിനും രണ്ടു വശമുണ്ട് ആ ഒരു വശം മാത്രം കണ്ട് നമ്മൾ പോകരുത് കണ്ണുകൊണ്ട് കണ്ട് ജീവിച്ചു പോകരുത് ഇത്രയാണ് മക്കളും അതുപോലെ കുടുംബങ്ങളൊക്കെ കണ്ണ് നമ്മളോട് പറയും ഇതൊക്കെയാണ് ഇതൊക്കെയാണ് സത്യം ഇതൊക്കെ എപ്പോഴും ഉണ്ടാവുന്നത് മനസ്സിനോട് പറഞ്ഞ് പരിശീലിക്കണം ഇത് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എനിക്ക് ജീവിതമുണ്ടാവണം അതിനെന്ത് വേണം ഞാൻ ദൃഢമായ ഭഗവത് ഭക്തിയിൽ തന്നെ ജീവിക്കുമ്പോഴേ പുറമെ എന്ത് നടന്നാലും അകത്ത് താളം തെറ്റാതിരിക്കുന്നു നാം അകംഭാവം അഹം അകംഭാവം കാണാതിരുന്ന ഉള്ളിലുള്ള ഭാവം കാണാതിരുന്നാൽ പുറം മാത്രം കാണുമ്പോ നാം സത്യത്തെ മറന്ന് ജീവിക്കാനിടവരും അത് നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നവരെയാണ് മനസ്സിലാവുണ്ടല്ലോ അതല്ലേ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് ഒരു ഭാഗം മാത്രം കണ്ട് ജീവിക്കുന്നുകൊണ്ടായിരിക്കാം പലപ്പോഴും നമുക്ക് ബാലൻസ് തെറ്റി പോകുന്നത് ഇപ്പൊ രണ്ടും നമുക്ക് കൊണ്ടുതീർക്കാൻ സാധിക്കണം ഏതുപോലെ ഒരു വാഹനം ഓടണമെങ്കിൽ അതിന് രണ്ട് വീലുകൾ വേണം ഒരു ട്രെയിൻ ഓടണമെങ്കിൽ രണ്ട് ട്രാക്കുകൾ വേണമെന്ന് പറയണം അപ്പൊ രണ്ടിലൂടെയും പോകുമ്പോഴാണ് അതിന് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിക്കുന്നത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളിൽ ഭഗവത് പ്രേമവും പുറമെ തന്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കാനുള്ള ഒരു വ്യക്തമായ ജീവിത വീക്ഷണം അതുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മളാരും തളരില്ല തകരില്ല പതറില്ല എന്ന് ഭാഗവതം പറയും പിന്നീട് അടുത്ത കഥ പറയുന്നത് സന്താനഗോപാലം എന്ന് പറയുന്ന കഥ ഇതും കൂടി പറഞ്ഞ് ഉപസമരിപ്പിക്കാം ദ്വാരകയിലൊരു ബ്രാഹ്മണന് ജനിക്കുന്ന കുട്ടികളൊക്കെ ജനിച്ച ഉടനെ തന്നെ പ്രസവിച്ച ഉടനെ മരിക്കും ശവവും എടുത്തുകൊണ്ട് ഭഗവാന്റെ ദ്വാരകയിൽ ചെന്ന് പൊട്ടിപ്പൊട്ടിക്കരയും ബ്രാഹ്മണൻ എന്നിട്ട് പറയും അവിടുന്ന് എന്നെ രക്ഷിക്കൂ ഒരു പുത്രന് വേണ്ടിയിട്ട് എത്ര കൊതിക്കുന്നു ഞാൻ പുത്രനില്ലെങ്കിൽ ഗതിയില്ലാന്നല്ലേ ശാദ്ധകർമ്മങ്ങൾ ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ പിണ്ഡം വെക്കാൻ ആരെങ്കിലും വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനോട് കരയും മകന് വേണ്ടിയിട്ടല്ല പണ്ടുള്ളവർ ആഗ്രഹിച്ചത് മകനുണ്ടെങ്കിലേ തെയ് കൊളുത്താൻ പറ്റുള്ളൂ മകനുണ്ടെങ്കിലെ ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ പിണ്ടം വയ്ക്കുള്ളൂ പിണ്ഡം വെച്ചാലേ ഗതി കിട്ടുള്ളൂ അവനവന് വേണമെന്നാണ് ഇതൊക്കെയാണ് ആളുകൾ അന്ന് ധരിച്ചിരുന്നത് ഉടനെ ഭഗവാൻ പറയും കാലത്തിന്റെ നിശ്ചയല്ലേ കർമ്മത്തിന്റെ നിശ്ചയല്ലേ വിധിയല്ലേ ഉൾക്കൊള്ളൂ ബ്രാഹ്മണ എല്ലാം ശരിയാവും പോവും എല്ലാം കാലത്തിന്റെ ആ കാര്യം കാലത്തിന്റെ ഒഴുക്കിൽ ശരിയാവും പോവും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും പക്ഷേ അദ്ദേഹത്തിനതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല എല്ലാം നേരെയാവുന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോയി ഒൻപത് മക്കൾ അദ്ദേഹത്തിന് ജനിച്ചു ഒൻപത് പേരും മരിച്ചു ഒൻപതാമത്തെ കുട്ടി മരിച്ചപ്പോൾ ബ്രാഹ്മണന്റെ താളം തെറ്റി ആ കുട്ടിയുടെ ജലവുമായിട്ട് നേരെ പൂവും ത്വാരകയിൽ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയും ഗുരുവിന് നഷ്ടപ്പെട്ടുപോയ പുത്രനെ കൊടുത്തില്ലേ സ്വന്തം അമ്മയ്ക്ക് കൊടുത്തില്ലേ ഈ ബ്രാഹ്മണനെ മാത്രം എന്തിനെ അങ്ങനെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്താ കൃഷ്ണ ഞാൻ എന്ത് ദ്രോഹമാണ് നിങ്ങളോടൊക്കെ ചെയ്തത് ഈശ്വരനല്ലേ നീ ജഗതീശ്വരന്മാരായിട്ട് നടക്കുന്നുണ്ടല്ലോ പല ലീലകളും ചെയ്തവനല്ലേ ഗോകുലത്തിലും വൃന്ദാവനത്തിലും നിന്റെ ലീലയെക്കുറിച്ചൊക്കെ ഞാനും കേട്ടിട്ടുണ്ടല്ലോ എനിക്കും എന്റെ പുത്രൻ എന്ന് തരുവുണ്ണി വേറെ ഒന്നും ഈ ബ്രാഹ്മണൻ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോഴും ഭഗവാൻ പറയും കാലത്തിന്റെ നിശ്ചയമാണ് അങ് ഉൾക്കൊള്ളുന്നത് പോ കാലം ശരിയാക്കുമെല്ലാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോ ബ്രാഹ്മണന് സഹിച്ചിൽ ഇത്തിരി കരി വന്നു ഈശ്വരനാണിത്രേ ലോകം കൊണ്ടു നടക്കുന്ന ആളാണത്രേ എത്രയോ ആളുകൾക്ക് കുട്ടികളെ കൊടുത്തിട്ടേ ഈ ബ്രാഹ്മണനോട് മാത്രം ഇങ്ങനെ കളിയാക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോ ഭഗവാൻ അത് മൈൻഡ് ചെയ്തില്ല അന്ന് കഷ്ടകാലത്തിന് അർജുനൻ അവിടെ ഉണ്ടായിരുന്നു അർജുനൻ അവിടേക്ക് അവിടെ അവിടേക്ക് ഇറങ്ങി ചെന്നിട്ട് ബ്രാഹ്മണനോട് ചോദിക്കുക എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് നീ ആരാന്ന് വെച്ചു ഞാനാരാവട്ടെ എന്താ പ്രശ്നം കണ്ടില്ലേ എന്റെ കുട്ടി ഒൻപത് മരിച്ചു ആർക്കും രക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ അർജുനൻ അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്തു എങ്കിൽ അടുത്ത കുട്ടിയെ ഞാൻ രക്ഷിക്കുന്നൊരു പ്രതിജ്ഞ ബ്രാഹ്മണൻ പരിഹസിച്ചൊരൊറ്റ ആട്ടുവെച്ചു കൊടുത്തു പാ ഇവിടെ കൃഷ്ണനും രാമനും സാധിക്കാത്ത കാര്യം നീ ഏതോരുത്തും കയറി വന്നിട്ട് നിനക്ക് പറ്റുന്നു ഇത് കേട്ടപ്പോ അർജുനെന്ന് അതൊട്ടും സഹിച്ചില്ല തന്നെ ഇങ്ങനെ കളിയാക്കിയത് അവിടെ വെച്ച് പറയാണ് നിങ്ങൾ എന്താ കരുതിയത് ബ്രാഹ്മണ നാഹം സങ്കർഷണോ നൃഷ്ണ ഞാൻ സംഘർഷണുമല്ല കൃഷ്ണനുമല്ല ന കൃഷ്ണ കാശ്മീരേവ ഞാൻ ആരാന്നറിയോ അർജുനൻ കേട്ടിട്ടുണ്ടോ പാണ്ഡവനിൽ മൂന്നാമത്തവൻ അവനാണ് ഞാൻ ഞാൻ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല എന്ന് ഇപ്പൊ കൃഷ്ണനുമല്ല രാമനുമില്ല എന്നാ ആദ്യ പറഞ്ഞാൽ ഞാൻ അർജുന കൃഷ്ണനാണ് അർജുനാന്ന് മതി ആദ്യ അവരൊന്നുമല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത നടത്താൻ പറ്റാത്ത കാര്യം പോലും എനിക്ക് നടത്താൻ പറ്റുന്ന ഒരു അഹങ്കാരം അർജുൻ അങ്ങോട്ട് പറയാൻ തോന്നി ബ്രാഹ്മണൻ അപ്പോഴും വെച്ചൊരാട്ടുപ്പ നീ നടത്തു എത്രേ എന്താ നിനക്ക് പറ്റുക ഒരു മനുഷ്യനായിട്ട് നിനക്ക് വല്ലതും പറ്റി ഈശ്വരനും പറ്റാത്ത കാര്യം അത് കേട്ടപ്പോൾ അർജുൻ ഒന്നുകൂടി കലി വന്നു അവിടെ വെച്ച് തന്റെ ഗാന്ഡീവം കാണിച്ചിട്ട് വരണു ഈ ഗാന്ഡീവത്തിന്റെ മുന്നിൽ ഒരു യമരാജാവിനോ അദ്ദേഹത്തിന്റെ ഒരു ദൂതനോ അടുത്തേക്ക് വരാൻ പറ്റില്ല ഇനി നിങ്ങളുടെ മകനെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാനിത് പ്രതിജ്ഞ ചെയ്യുന്നു സത്യം ചെയ്യുന്നു ഒന്നുകിൽ നിങ്ങളുടെ മകനെ ഞാൻ രക്ഷിക്കും അതിനെനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അഗ്നി കൂട്ടിയിട്ട് ഞാൻ അതിലേക്ക് ചാടി മരിച്ചിരിക്കും ഇത് സത്യം സത്യം സത്യം ഇത് കേട്ടപ്പം ബ്രാഹ്മണൻ തലകുനിച്ചു ബ്രാഹ്മണന് വളരെ സന്തോഷമായി കാരണം ഒന്നുകിൽ അർജുനൻ അല്ലെങ്കിൽ കുട്ടി രണ്ടിൽ ഒന്നുറപ്പാണ് ഏതാണ്ട് അർജുനൻ സത്യം ചെയ്ത സ്ഥിതിക്ക് ഇതിൽ നടക്കാതിരിക്കില്ല ഏതായാലും ബ്രാഹ്മണൻ തിരിച്ചുപോയി അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുമ്പോ ഭാര്യ പത്താമത്തെ ഗർഭവും ധരിച്ചു ഗർഭമൊക്കെ പാകായ സമയത്ത് ബ്രാഹ്മണൻ അറിയിച്ചു ദേ എന്റെ പത്നി ഗർഭിണിയായിട്ടുണ്ട് പുറപ്പെട്ടുള്ളൂ എന്ന് അങ്ങനെ അർജുനൻ അമ്പും വില്ലൊക്കെ ആയിട്ട് പുറപ്പെടുകയാണ് ദേവി വെച്ചു എങ്ങോട്ടാണ് ആര്യപുത്രൻ പോകുന്നതെന്ന് പറഞ്ഞൊരു പ്രസവരക്ഷയ്ക്ക് പോവുകയാണെന്ന് ഓ ഇതിപ്പോ എന്താ തുടങ്ങിയത് ഈ പണിയെന്ന് സാധാരണ സ്ത്രീകളാണല്ലോ ഈ പണികളൊക്കെ ചെയ്യാറ് അന്നൊക്കെ സ്ത്രീകളാണ് ഡോക്ടർമാര് ഇന്നിപ്പോ ആണെങ്കിലും ഡോക്ടർമാരുണ്ട് ഗൈനക്കോളജിസ്റ്റുകൾ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ സ്ത്രീകളാണല്ലോ ചെയ്യാറ് എന്നാ അവിടുന്ന് തുടങ്ങിയത് എന്ന് പോയിട്ട് വരും ഇനിയുള്ള കേസുകളൊക്കെ നമുക്ക് എടുക്കാമല്ലോ എന്നുള്ളത് അർജുനൻ അവിടെ നിന്ന് പുറപ്പെടുക അപ്പം ധർമ്മപുത്രമൊക്കെ ചോദിച്ചു എങ്ങട്ടാ അർജുനൻ നീ പോകുന്ന സാധാരണ ഇങ്ങനെ പോവാറില്ലല്ലോ ഒന്നും പറയേണ്ട ഒരു ബ്രാഹ്മണന്റെ പ്രസവ കേസിന് പോവുകയാണെന്ന് ഏതായാലും അവിടുന്ന് പോകുന്നു ബ്രാഹ്മണന്റെ ഗൃഹത്തിലെത്തി ബ്രാഹ്മണൻ സ്പെഷ്യൽ ചായയും പലഹാരമൊക്കെ കൊടുത്തു അർജുനന് കാരണം പ്രസവൻ രക്ഷിക്കാമെന്ന ആളല്ലേ അർജുനൻ ആദ്യം തന്നെ ചെയ്തത് ബ്രാഹ്മണന്റെ ഗൃഹത്തിലൊക്കെ ഒന്ന് കയറി നോക്കി എവിടെയാണ് ഇവർ പ്രസവിക്കാറാണ് ആ മുറി കയറിയപ്പോഴാണ് മനസ്സിലായത് ഏ മുറി അത്ര സേഫൊന്നല്ല ഇവിടെയൊന്നും പ്രസവിക്കാൻ പറ്റി അതെന്നെ അവിടെ പ്രസവം ശരിയാവാത്തതൊന്നും അങ്ങനെ അർജുനൻ തന്റെ അമ്പുകൊണ്ട് ഒരു പ്രത്യേക മുറി ഉണ്ടാക്കി അന്ന് മുതലാണ് ഇന്ത്യയിലെ ലേബർ വാർഡ് വരാൻ തുടങ്ങിയത് പ്രസവത്തിനായിട്ടുള്ളൊരു മുറി അർജുനനാണ് ആദ്യം ഉണ്ടാക്കി ഇതൊക്കെ ഭാഗവതത്തിൽ ഭാഗവതത്തിലില്ലാത്ത ഒന്നും ഈ ലോകത്തിലില്ല എന്നാണ് എല്ലാം നിങ്ങൾക്ക് കാണാം സുസേറിയൻ വേണോ അത് വേണോ അതുപോലെ ഓർത്താപി സെർജറി വേണോ അത് വേണോ എല്ലാം ഭാഗവതത്തിലുണ്ട് ഏതായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒന്ന് സൂസൂക്ഷ്മം നോക്കി യമരാജാവിന്റെ ദൂതന്മാര് പോലും കയറില്ല ഏതായാലും സമയം പോണു നമുക്കാണിച്ച ചായയ്ക്കുള്ള സമയമായി ഇനി വേഗം പ്രസവം നടത്തണം ആ ഭാര്യയോട് പറഞ്ഞു ഇനി അധികം കാത്തിരിക്കേണ്ട വേഗം അകത്തിക്കുകയല്ലോ അവര് പ്രസവിക്കാൻ വേണ്ടി അകത്തുകയല്ലണോ ആ സമയത്ത് അർജുനനിങ്ങനെ അഹങ്കാരത്തോടും അഭിമാനത്തോടും ഇങ്ങനെ വിചാരിക്കുകയാണ് ആ കുട്ടി പുറത്തേക്ക് വരും കുട്ടി കരയും ആ സമയത്ത് ബ്രാഹ്മണൻ ഓടിച്ചെല്ലും കുട്ടിയെടുക്കും എന്നിട്ട് എന്നെ ആലിംഗനം ചെയ്തിട്ട് പറയും കൃഷ്ണനും രാവനും പറ്റാത്ത കാര്യം അർജുന നിനക്ക് പറ്റിയില്ലേ നീ തന്നെ കേമെന്നൊക്കെ പറയും എന്നെ പൊക്കും അതൊക്കെ വിചാരിച്ച് അർജുനൻ ബ്രാഹ്മണൻ പറയും ഇരുന്നോളും ഇരുന്നോളും അർജുനിരിക്കാൻ പറ്റില്ല അർജുനനാണ് കൂടുതൽ പരിഭ്രമം അങ്ങനെ പ്രസവിക്കേണ്ട സമയമായിപ്പോ ഉച്ചത്തിലൊരു കരച്ചിൽ കേട്ടു ആരുടെ തരത്തില കുട്ടിയുടെയാണോ കുട്ടിയുടെ അല്ല ബ്രാഹ്മണന്റെ പത്നിയുടെ ബ്രാഹ്മണൻ നല്ല അപകടം ഉണ്ടായോ എന്ന് വിചാരിച്ചു ഓടി അകത്തേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോ കാണുമ്പോ ആ ബ്രാഹ്മണ പത്നി ബെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇത്രയും കാലം പ്രസവിച്ച കുട്ടി വന്നിട്ടേ മരിക്കാറുള്ളൂ ഇപ്രാവശ്യം കുട്ടിയേ വന്നിട്ടില്ലയാണ് പ്രസവത്തിലേ കുട്ടി ജോലിക്കുന്നു ബ്രാഹ്മണൻ അങ്ങോട്ട് കലി വന്നു നീ ആരാണ് അർജുനനാണെന്നോ കൃഷ്ണനല്ല രാമനല്ല കുന്ത കൊണ്ടത്രേ ഈ റൂമിൽ വെച്ച് പ്രസവിച്ച കുട്ടി പോവില്ല എന്താ നീ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ത് കുന്ത നിന്റെ കയ്യിലിരിക്കുന്നത് വലിച്ചുകളയ എറിയ കുന്തം കുട്ടിയെ രക്ഷിക്കാൻ പറ്റൂ ഇത്രയും കാലം ശവമെങ്കിലും കാണാൻ പറ്റുമായിരുന്നു എനിക്ക് ശവം കണ്ടാൽ തന്നെ തൃപ്തിയിരുന്നു ഇത് കുട്ടി തന്നെ വന്നിട്ടില്ല എന്തൊക്കെ പറഞ്ഞ് അലറിയപ്പോ അർജുനൻ ആകെ നാണം കിട്ടു മാനം കിട്ട പോലെ ഒരു നിമിഷം അർജുനന്റെ മനസ്സിലായി എന്തെങ്കിലും പ്രതിവിധി ചെയ്തിട്ടില്ലെങ്കിൽ മോശമാണെന്ന് സൂക്ഷ്മ രൂപത്തെടുത്ത് അർജുനൻ അവിടുന്ന് യമലോകത്തിലേക്കും വരുണലോകത്തിലേക്കൊക്കെ പോയി അവിടുത്തെ ഒന്നും അക്കൗണ്ടിലെ കുട്ടികളില്ല അർജുനൻ പരാജയപ്പെട്ടു തിരിച്ചു വന്നു ചത ബ്രാഹ്മണൻ ഉത്സാഹിച്ചു നീ ചത്തോ എനിക്കൊരു വിരോധവും ഇല്ലെന്ന് നീയൊന്നും ജീവിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല എന്ന് വിറകൊക്കെ തീ കൊളുത്തേണ്ട നേരം അർജുനൻ നോക്കി ബ്രാഹ്മണൻ പറയൂ വേണ്ട അർജുന നീ ചാടേണ്ടെന്നൊക്കെ ബ്രാഹ്മണൻ ഒരു കുലുക്കുമില്ല നീ ചാടിയിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെ തീയെല്ലാം കത്തച്ച് ചാടാൻ നേരത്ത് പുറകുന്ന ഒരാൾ വലിച്ച് നോക്കുമ്പോഴാണ് പുഞ്ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ നിൽക്കണു പിന്നെയൊന്നും ആലോചിച്ചില്ല കാലിൽ വീണങ്ങോട്ട് നമസ്കരിച്ചു ഭഗവാൻ എടുത്താലിംഗനം ചെയ്തു അർജുന ഇതൊക്കെ ഞാൻ തന്നെ ചെയ്ത ലീലകളാണ് നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കണം എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ആ കുട്ടികളെ കൊടുക്കേണ്ട ബ്രാഹ്മണ് അല്ലെങ്കിൽ ഇനി ബ്രാഹ്മണൻ ഓടി വന്ന് നിന്നെ വിളിച്ച ചിലയിലേക്കിടും അതുകൊണ്ട് വിവേമെടുന്ന് പോവാമെന്ന് പറഞ്ഞിട്ട് അതിദിവ്യമായ രഥങ്ങളെ വരുത്തി എന്നാണ് കൂടെ അർജുനൻ ആ രഥത്തിൽ കയറിയിരിക്കണോ പിന്നെ അർജുനൻ കാണുന്നത് ഏഴ് ദ്വീപുകൾ കഴിയുന്നു ഏത് ഏഴ് സാഗരങ്ങൾ കഴിയണം പിന്നെ ഘോരമായ അന്ധകാരം ഭഗവാന്റെ സുദർശന മാത്രം മുന്നില് അങ്ങനെ പോയി പോയി പോയി പിന്നെ അർജുനൻ കണ്ണു തുറന്നു നോക്കുമ്പോ കാണുന്നത് അതാ ആയിരം പണങ്ങളുള്ള അനന്തന്റെ മുകളിൽ പുഞ്ചിരിച്ചുകൊണ്ട് ആദിനാരായണ സ്വാമി ഇങ്ങനെ കടക്കുന്നു ഗന്ധന്മാർ സിദ്ധന്മാരും ഗന്ധർവന്മാരും മുനികളും ഋഷീശ്വരന്മാർ സ്തുതിക്കുന്നു അങ്ങനെ ഒരു അത്ഭുതകരമായൊരു കാഴ്ച കണ്ടുകൊണ്ട് അർജുനനും കൃഷ്ണനും നമസ്കരിച്ചപ്പോ അവിടെ വെച്ച് നാരായണസ്വാമി അവരോട് പറയുന്ന ഞാനാണ് നിങ്ങളെങ്ങോട്ട് വരുത്തിയത് നിങ്ങൾ രണ്ടുപേരും നരനാരായണന്മാരാണെന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ലീലകളാടാൻ വന്നവരാണെന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടും ഇനി അവതാരങ്ങളൊക്കെ ഉപസമരിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കാനൊക്കെ ആയിട്ടാണ് വരുത്തിയതെന്ന് പറഞ്ഞ് അവരെവിടെ വെച്ച് ഉപദേശിക്കുന്നു അതിനുശേഷം ആ ബ്രാഹ്മണ കുട്ടികളെ എടുക്കാൻ പറയണം അർജുനൻ ആ കുട്ടികളെയൊക്കെ എടുത്ത് ബ്രാഹ്മണന് തിരികെ ഏൽപ്പിച്ച കഥയാണ് സന്താന ഗോപാലം എന്നൊരു കഥ അപ്പോ ഇവിടെ ഒരു കാര്യം പരമാർത്ഥം മനസ്സിലാക്കണം ഒന്ന് എന്തു നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ടോ അത് അനുഭവിച്ചേ നമ്മൾ പറ്റും അതൊന്നും മാറി നിൽക്കാൻ പറ്റില്ല പക്ഷെ ഒരു പരമാർത്ഥം മനസ്സിലാക്കി വെക്കേണ്ടത് ഇവിടെ ആരും ജനിക്കുന്നുമില്ല ആരും ഭരിക്കുന്നുമില്ല എല്ലാവരും എല്ലാ കാലത്തും ഇവിടെ എവിടെയോ ഉണ്ട് ഒന്നുകിൽ സ്ഥൂല രൂപത്തിൽ അല്ലെങ്കിൽ സൂക്ഷ്മരൂപത്തിൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ദുഃഖിക്കേണ്ട ഒരു ആവശ്യവുമില്ല ശരീരത്തിലിരിക്കാം ശരീരമില്ലാതിരിക്കാം ശരീരമുള്ളപ്പോഴേ ജീവിതമുള്ളൂ എന്ന് പറയാൻ പറ്റില്ല ശരീരമില്ലാതെയും അനുഭവങ്ങളുണ്ട് എന്നത് സ്വപ്നം നമുക്ക് വളരെ പരമാർത്ഥമായൊരനുഭവമാണ് ശരീരമില്ലാതെ സ്വപ്നത്തിലൂടെ ഞാനും നിങ്ങളുടെ അനുഭവങ്ങൾ അനുഭവിക്കാറുണ്ട് അപ്പൊ മനസ്സുകൊണ്ട് നമുക്ക് ശരീരമില്ലാതെ അനുഭവങ്ങളുണ്ട് ഇത് ജീവിതത്തിൻ്റെ ഒരു പരമാർത്ഥമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ നമുക്ക് സധൈര്യം മരിക്കുന്നത് വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെന്ന് ഈ ഉപാഖ്യാനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതോടുകൂടിയിട്ട് ഈ തൊണ്ണൂറാം അധ്യായം തൊണ്ണൂറ് അധ്യായങ്ങളുള്ള ദശമസ്കന്ധം ഇവിടെ ഉപസംഹരിപ്പിക്കുകയാണ് അവസാനത്തെ അധ്യായത്തിൽ ഭഗവാന്റെ ലീലകളൊക്കെ ഒന്നുകൂടി സംക്ഷിപ്തമായി പറഞ്ഞുകൊണ്ട് വ്യാസമാശ ഉപസമരിപ്പിക്കുന്നു ഇനി നമുക്ക് തുടങ്ങേണ്ടതാണ് ഏകാദശ സ്കന്ധം അവിടെയാണ് മോക്ഷം എന്ന് പറയുന്നത് എന്താണെന്നും അതെങ്ങനെയാണ് കൈവരിക്കേണ്ടതൊക്കെ താത്വികമായി പറഞ്ഞു തരുന്നത് അതെല്ലാം ചായയ്ക്ക് ശേഷം കാണാമെന്ന് വെച്ച് കൊണ്ട് നടത്തുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം